ജന്മാന്വയാതിരത്ത അത് അഭിസ്വരാട് തേ ബ്രഹ്മഹൃദയാകവേ മുഹ്യംസൂരയ തേജോ വരിമൃം യഥാവിമയോ എത്രസർഗോ മൃഷാധാ സ്വേന സദാ നിരസ്തുഹകം സത്യം പരം ധീമഹ ധർമ്മോജ്ജിതകൈതവോത്ര പരമോ നിമത്സരാ സാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദാത്രോന്മൂലന ശ്രീമദ്ഭാഗവത്തെ മഹാമും വാരൈ ഈശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യത്തെ പ്രകൃതി ശുശ്രൂഷിസ്ഥക്ഷണത് നിഗമകൽപ്പതരോർഗളിത ഫലം ശുക്കുഖാമൃതംയുതം വിപദ ഭാഗവതം രസമാലയം മുഹുരഹോരസി ഭുവി ഭാവുക്കാ യം പ്രവ്രജന്തേതമപേതകൃത്യം ദ്വൈപായോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഹൂത്തും സർവഭൂതഹൃദയം മുനിമാനത്തോസ്മ യനുഭാവമഖിളശ്രുതിസാരധ്യാത്മദീപം അതിഥിതീർഷമോന്ധം സംസാര കരുണയാണുഹ്യം വ്യാസസൂനമുയാ ഗുരുമുനീന സച്ചിദൂ വിശ്വത്പതിഹേതവേ താപത്രയവിനായ വയം നു കൃഷ്ണ വാസുദേവാ പരമാത്മന പ്രണതക്ലേശനശോവിന്യ നമോ നമ നമു പങ്കജനഭയ നമ പങ്കജമാലി നമ പങ്കജനിദ നമസ്തേ പങ്കേ പീതാബരും കരവിരാജിതശക്കൗമോദി സരസിജം കരുണാ സമുദ്രം राधा त्यक्त्वा ധാ സഹായമതിസുന്ദരമന്ദവാദമൃതി धर्मेष्ट തുസ്ജസുരെസിത രാജ്യലക്ഷ്മി ധർമ്മിഷ്ട ആര്യവചസാദാര്യം മാൃഗം ദൈതയെപ്പ്സിതമന്വധാവേ മഹാപുരുഷത്തെ ചരണാരവിന്ദ ध्येयं सदा ധ്യേം സദാ പരിഭവഗ്നമീഷ്ടദോഹം തീർസ്പദം ശിവവിരിഞ്ജിനുതം ശരണ്യം ഭൃത്യാർത്തിഹം പ്രണതപാഭിപോത വന്ദേ മഹാപുരുഷത്തെ ശരണാരവിന്ദിശം ഭജതികുരുഷാഖ്യവർഷേ हनुमता ഹനുമൃഢക്തിഭാജ സീതാഭിരാമ പരമാദ്ഭുതൂപ രാമാത്മകൻ പരിപാടി വിഷു ഹരയേ നമ ഗോപി ജീവനസ്മരണ ഗോവിന്ദ ഗോവിന്ദ ജാനകീ കാസ്മരണ ജയ ജയ രാമ രാമ ഹരനമ പാർവതീപതയേ ഹര ഹര മഹാദേവ സത്യസേ സ്വദ ആത്മന ആത്മനൂനം വക്തീശ വിബുദേഷവുജക്ഷേഹ വിമോഹിത ധവമായേ മേ ബ്രഹ്മാദയസ്തൃതോ ബരർത്തഭാവാ തസ്ഭവന്ത അനവദ്യമനന്തപാരംശ്വരമകുണ്ഠ വികുണ്ഠിഷ്യർവിന്നീരി അഹമുഹ വ്രജിതോ നാരായണം നരസക്കരണം പ്രവധ്യേ പരീക്ഷ്യലോകൻ കർമ്മിതാ ബ്രാഹ്മണോ നിർദമായാതൃ തദ്വിജ്ഞാത്ഥം സ ഗുരുമേവാഭിഗേത് സമിപ്പി ശ്രോത്രയം ബ്രഹ്മനിഷ്ഠം ഒരു വിവേകിയായ മനുഷ്യൻ നല്ലവണ്ണം പരീക്ഷണം ചെയ്ത് പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ കർമ്മം കൊണ്ട് നേടിയെടുത്തിട്ടുള്ള ലോകങ്ങളെയൊക്കെ നല്ലവണ്ണം പരീക്ഷണം ചെയ്ത് നിർവേദം ആയാത് നാസ്തി അകൃതകൃതേന നിർവേദം എന്ന് വൈരാഗ്യം ഇനിമേലാൽ യാതൊന്നും അറിയാനോ നേടിയെടുക്കാനോ ഇല്ല എന്നുള്ള ഭാവം കർമ്മമണ്ഡലത്തിനെ മുഴുവൻ പരീക്ഷണം ചെയ്ത് നോക്കുമ്പോ കർമ്മം കൊണ്ട് നേടിയെടുത്തതൊക്കെ നശ്വരമാണ് ക്ഷയ്യലോകാഹ അമുത്ര ഇഹ കർമ്മച്ചിത്തോ ലോക ക്ഷയ്യ ഇവിടെ കർമ്മം കൊണ്ട് നേടിയെടുത്തതൊക്കെ നശിച്ചു പോകുന്ന പോലെ സ്വർഗാദി ലോകങ്ങളും നേടിയെടുക്കുന്നത് കൊണ്ട് ക്ഷയിച്ചു പോകും നേടിയെടുക്കുന്നതൊക്കെ തന്നെ വിട്ടുപോകും ഇവിടുന്ന് പുണ്യകർമ്മം ചെയ്ത് സ്വർഗത്തിൽ പോയാലോ ക്ഷീണേ പുണ്യെ മർത്യലോകം വിശന്തി പുണ്യം ക്ഷയിച്ചു കഴിയുമ്പോ മർത്യലോകത്തിലേക്ക് തിരിച്ചു വീഴും അതുകൊണ്ട് അതുകൊണ്ടാണ് ഭക്തന്മാരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് സ്വർഗവും വേണ്ട എന്നാണ് ന നാഗപൃഷ്ടം ന न सावभम न रसाधिपत नोग सिद्धी अपुनर्भव समंजसत्वा विरहय्यकांक्षे वृत्रन भागवत भगवानोड़ू भगवाने आवर्गति पृष्ठ आग्रहम नागपृष्ठम നച്ച പാരമേഷ്ടം ബ്രഹ്മാവിന്റെ പദവിയും വേണ്ട എന്താന്ന് വെച്ചാൽ ആ ബ്രഹ്മ ഭുവനാൽ ലോകാഹ പുനരാവർത്തിനോർജുന പാരമേഷ്ട്യം നാർവഭൗമം ഭൂമിക്ക് മുഴുവൻ അധിപതിയായിരിക്കണം എന്നുള്ള ആഗ്രഹമില്ല ന രസാധിപത്യം രസാതലത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമില്ല ന യോഗസിദ്ധി യോഗസിദ്ധി നേടണമെന്നുള്ള ആഗ്രഹവും ഈ സിദ്ധികളൊക്കെ വരികയും പോവുകയും ചെയ്യും അപുനർഭവം ഇനി ജനിക്കാതിരിക്കണം എന്നുള്ള ആഗ്രഹമില്ല എന്താന്ന് വെച്ചാൽ ഇനി ജനിക്കാതിരിക്കണമെങ്കിൽ ഇപ്പൊ ജനിച്ചിട്ടുണ്ട് എന്നുള്ള അജ്ഞാനം അതിന്റെ തന്നെ കൂടി ഇപ്പൊ ജനിച്ചിട്ടുണ്ട് എന്നും ഇനി ജനിക്കരുത് എന്നുള്ള അജ്ഞാനം അതിന്റെ കൂടെ കൂടി ത്വാവിരഹയ്യ സമഞ്ജസത്വാവിരഹയ്യ കാംക്ഷ ഇപ്പോ ഉള്ള ഭഗവാൻ നമ്മളുടെ അനുഭവമണ്ഡലത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഭഗവാനെ സ്വീകരിച്ചാൽ നമ്മൾ സദാമുക്തരാണ് ഒരിക്കലും ജനിച്ചിട്ടില്ല ജനനമില്ല ഇവിടെ മരണമില്ല പൂർണ്ണ വസ്തുവായ ഭഗവാനെ അല്ലാതെ വേറെ ഒന്നും വേണ്ട സമഞ്ജസത്വാ വിരഹയ്യകാം അപ്പോ കർമ്മം കൊണ്ട് നേടിയെടുക്കുന്നതിലൊക്കെ വിരക്തി വരുമ്പോ മനസ്സ് അകർമ്മത്തിലേക്ക് പോകും അകർമ്മം എന്ന് വെച്ചാൽ ഭഗവാൻ എന്നർത്ഥം അകർമ്മം എന്ന് വെച്ചാൽ ബ്രഹ്മം എന്നർത്ഥം കർമ്മവിഹീനമായ ഒരേ ഒരു പദാർത്ഥമേ ഉള്ളൂ ബ്രഹ്മം ബാക്കിയൊക്കെ കർമ്മമാണ് കർമ്മം എന്ന് വെച്ചാൽ വേല ജോലി എന്ന് മാത്രം അർത്ഥമെടുക്കേണ്ട ഓരോ ചലിക്കുന്നത് എന്തും കർമ്മമാണ് കർമ്മണി അകർമ്മയ പശ്ചേത് അകർമ്മണിച്ച കർമ്മയഹ എന്ന് വെച്ചാൽ ചലിക്കുമ്പോ ചലി കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോ അചലമായ തത്വത്തിനെ കുറിച്ച് ബോധവാനായിരിക്കലാണ് കർമ്മത്തിൽ അകർമ്മത്തിനെ കാണൽ അകർമ്മത്തിലാണ് ഈ കർമ്മം മുഴുവൻ നടക്കുന്നത് അകർമ്മം എന്ന് വെച്ചാൽ ആചാര്യസ്വാമികൾ ബ്രഹ്മം എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് ചലനമില്ലാത്ത അകർമ്മമായിട്ട് ഒരു വസ്തുവേ ഉള്ളൂ ബ്രഹ്മം ബാക്കിയൊക്കെ കർമ്മമാണ് അപ്പോ കർമ്മം കൊണ്ട് നേടിയെടുക്കുന്നതൊക്കെ ക്ഷയം നശിച്ചു വിട്ടുപോകുന്നു എന്ന് കാണുമ്പോ അപ്പൊ നശിക്കാത്തത് എന്താ നേടിയെടുക്കാത്തത് നശിക്കാത്തത് നേടിയെടുക്കുന്നതൊക്കെ നശിക്കുമെന്ന് വെച്ചാലോ നേടിയെടുക്കാത്തത് എന്ന് വെച്ചാൽ സിദ്ധമായിട്ടുള്ളത് എന്നർത്ഥം എപ്പോഴും ഉള്ളത് നമ്മളുടെ സ്വരൂപം ഒരു നാശവുമില്ലാത്ത വസ്തു അതിലേക്ക് ശ്രദ്ധ തിരിയും അതിലേക്ക് ശ്രദ്ധ തിരിയുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ലോകത്തിലെല്ലാം നേടിയെടുക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിട്ട് നേടിയെടുക്കാം ഇതിനെ ഒന്നും ചെയ്തിട്ട് നേടിയെടുക്കാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യും ി അകൃതാ കൃതേന ഈ ബ്രഹ്മത്തിന് എന്താ പേര് ഭഗവാന് എന്താ പേര് അകൃതം എന്ന് പേര് അകൃതമായ വസ്തുവിനെ കൃതം കൊണ്ട് പിടിക്കാൻ പറ്റില്ല എന്നാണ് അപ്പോഴോ അവിടെയാണ് ബുദ്ധിമുട്ട് വരുന്നത് ഹൗ എന്ന് ചോദിക്കാനേ പറ്റില്ല എങ്ങനെ ചെയ്യാം എന്ത് സാധന ചെയ്യാം ഒന്നും പറ്റില്ല എല്ലാം പരാജയപ്പെട്ടു പോയി ലോകകർമ്മങ്ങളാ ലോക പദാർത്ഥങ്ങളാണെങ്കിൽ ദ്രവ്യങ്ങളാണെങ്കിൽ ഇന്ന ചെയ്യാം ഇന്നത് ചെയ്താൽ ഇന്നതിനെ പിടിക്കാം ഭഗവത് തത്വത്തിലേക്ക് വരുമ്പോ എങ്ങനെയെന്ന് ചോദിക്കാനേ സ്ഥലമില്ല ഒരു കർമ്മം കൊണ്ടും അതിനെ നാസ്തി അകൃതാ കൃതേന ആ സ്ഥിതിയിൽ വരുമ്പോ ഈ ജീവന്റെ അഹങ്കാരം പരിപൂർണമായും ദുർബലമായി പോവും എന്താന്ന് വെച്ചാൽ ഈ അഹങ്കാരം ലോകത്തിൽ എന്തും നേടിയെടുക്കും പാതാളലോകം മുതൽ ബ്രഹ്മാവിന്റെ ലോകം വരെ അത് തപസ്സുകൊണ്ടും സാധന കൊണ്ടും പക്ഷേ ഈ ഭഗവത് അനുഭവത്തിലേക്ക് വരുമ്പോ ഈ അഹങ്കാരം തികച്ചും അസ്ത്രപ്രജ്ഞനായിട്ട് നിൽക്കണം എന്താണ് എന്താന്ന് വെച്ചാൽ ഈ അഹങ്കാരത്തിന് ഒരു മൂവ്മെന്റ് കൊണ്ടും ഒരു വിധത്തിലുള്ള ചലനത്തിന് ഇതിനെ പിടിക്കാൻ വയ്യ തന്നിഴപ്പൈ എന്ന കത്ത് സാധിപ്പൻ ഒരു കണ്ണുടേ വെള്ളലാർ ഒരു പാട്ടിൽ പാടി എന്തും സാധിച്ചെടുക്കാം യോഗസിദ്ധി നേടാം സ്വർഗത്തിലേക്ക് പോവാം ബ്രഹ്മാതി ലോകത്തിലേക്ക് പോവാം പാതാളത്തിലേക്ക് പോവാം വലിയ പണ്ഡിതനാവാം എല്ലാം എടുക്കാം പക്ഷേ എല്ലാം സാധിക്കുന്നതായ ഈ അഹങ്കാരത്തിന് ഇല്ലാതാക്കുക സാധിക്കും എന്നാണ് എല്ലാം ചെയ്യുന്നവനായ ഞാൻ എങ്ങനെ ഇല്ലാതാവും അത് സ്വയം ഞാനേ ചെയ്യില്ല ഇറ്റ് വിൽ നോട്ട് കമ്മിറ്റ് സ്വിസൈഡ് എന്നിട്ട് അദ്ദേഹം തന്നെ അതിന് ഉത്തരം പറയണു അതെങ്ങനെ ഇല്ലാതാവും എന്ന് വെച്ചാൽ സദ്ഗുരുവാം മണ്ണും പെരുംചീയം മതയാന ഈ സ്വപ്നത്തെ തോൻി ഈ അഹങ്കാരം ഒരു കൊമ്പനാനയാണെന്നാണ് കൊലയാന കാട്ടിലെ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഈ നടക്കുന്ന ആനയാണ് കൂട്ടത്തോടെ നടക്കുന്ന ആനയാണെങ്കിൽ പേടിക്കാനേ ഇല്ല ഒറ്റയ്ക്ക് നടക്കുന്ന ആന വളരെ ഡേഞ്ചറസ് ആണ് ഈ അഹങ്കാരവും അതുപോലെ ഈ ഒറ്റയാന കൊമ്പനാന പക്ഷേ ഈ ഒറ്റയാന കാടിനെ മുഴുവൻ കിടുകിടാവറപ്പിക്കും അങ്ങനെയുള്ള ഈ ഒറ്റയാനയ്ക്ക് ഒരു പേടിയുണ്ട് ആരെയാ പേടി സിംഹത്തിനെ പേടിയ അതുകൊണ്ട് തന്നെ ഈ ഒറ്റയാന കിടന്നുറങ്ങേയില്ല നിന്നുകൊണ്ടേ ഉറങ്ങും അങ്ങനെ നിന്നുകൊണ്ടേ ഉറങ്ങുമ്പോഴേ ചിലപ്പോ ഈ ഒറ്റയാന സ്വപ്നത്തില് സിംഹത്തിനെ കണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോവും അത്ര കാട് മുഴുവൻ പേടിപ്പിക്കുന്ന ഈ ഒറ്റയാന സ്വപ്നത്തില് സിംഹം വന്നാൽ മതി സിംഹം വരണ്ട ഈ ഒറ്റയാനയുടെ സ്വപ്നത്തിൽ സിംഹം വന്നാൽ സ്വപ്നത്തിൽ സിംഹത്തിനെ കണ്ട് പേടിച്ച ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകട്ടു അതുപോലെ ഈ അഹങ്കാരമാകുന്ന ഈ കൊമ്പനാനയും അത് മരിക്കണമെങ്കിൽ അതില്ലാതാവണമെങ്കിൽ ജഗത്ത് മുഴുവൻ സ്വപ്നമാണ് ആ സ്വപ്നത്തിൽ ഭഗവാൻ അഥവാ സദ്ഗുരു സദ്ഗുരുവാം മണ്ണും തരും ചെയ്യും സദ്ഗുരു ഒരു സിംഹം പോലെ വരണം അപ്പൊ എന്താവും സ്വപ്നത്തിൽ സിംഹം വന്നാൽ എന്താവും സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരും അല്ലെ ഉണർന്ന് ഓ ഇവിടെ സിംഹവും ഇല്ല സ്വപ്നത്തിൽ ഉള്ള ഞാനുമില്ല അതുപോലെ ഈ ഗുരു ഗുരുവും സ്വപ്നത്തിലാണ് വരുന്നത് പക്ഷേ ആ സ്വപ്നത്തിൽ വരുന്ന സിംഹം എന്ത് ചെയ്യുന്നു സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വിടുന്നു എഴുന്നേറ്റാലോ ഏകമായി നിൽക്കുന്നു കേവലമായി തുടിപ്പത്ത് നിൽപ്പത്തു ചലനമില്ലാതെ നിശ്ചലമായിട്ട് കേവല അദ്വൈതമായി നിൽക്കണം അപ്പൊ സദ്ഗുരു കൃപ ഒരു ജീവനെ അജ്ഞ അനാദിമായ കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ജീവനെ ഉണർത്തിവിടുന്നു അനാദിമായ ആ സുക്തോ യഥാ ജീവപ്രബുദ്ധ്യത്തെ അജം അനിദ്രം അസ്വപ്നം അദ്വൈതം ബുദ്ധ്യത്തെ തഥാ അജം അനിദ്രം അസ്വപ്നം അദ്വൈതം ബുദ്ധ്യത്തെ തഥ അനാദികാലമായി ഉറങ്ങിക്കിടക്കുന്ന ജീവൻ ഉണർത്തപ്പെടുന്നു ഗുരു കൃപ്പ ഗുരു അകമയ്ക്ക് ജ്ഞാനം തന്നെ ഗുരു ജ്ഞാനം ഹൃദയത്തിന് പ്രകാശമാകുമ്പോ ഈ ജീവന്റെ സകലവിധത്തില സകലവിധമായിട്ടുള്ള ദുഃഖവും സകല ദുഃഖത്തിന് മൂല കാരണം എന്താ ദ്വൈതപ്രതിപത്തി ദ്വൈതമുണ്ടെന്നും രണ്ടാമതൊരു വസ്തു ഉണ്ട് എന്നുള്ള ഭ്രമം വസ്തു ഒന്നേ ഉള്ളൂ എന്നുള്ളത് ദൃഢമാവുമ്പോ തന്നിൽ നിന്ന് അന്യമായൊരു പദാർത്ഥമില്ല എന്നുള്ളത് സ്വാനുഭവ സിദ്ധിയാകുമ്പോ അകമയ്ക്ക് ജ്ഞാനം പ്രകാശിച്ചു ജ്ഞാനം തന്നെ അദൃഢ്ഞാനവും ഉണ്ട് സർവത്തോഭദ്രമായ ദൃഢജ്ഞാനവും ഉണ്ട് അദൃഢ്ഞാനം അതായത് ആദ്യ ഒരു ഗ്ലിംസ് കിട്ട ദൂരത്തുനിന്ന് വിളക്ക് കാണുന്ന പോലെ നമ്മളുടെ അകമേക്കുള്ള ഈ സ്വരൂപത്തിനെ ശരീരം അല്ലാതെ ഒരു ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിനെ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഒക്കെ മാറ്റി നിർത്തി ശുദ്ധമായ പ്രജ്ഞയുണ്ട് എന്ന് എപ്പോഴോ ഒരു കൃപാമുഹൂർത്തത്തിൽ അല്പം തെളിഞ്ഞു അല്പം തെളിഞ്ഞാലും പൂർണ്ണമാവണില്ല എന്താന്ന് വെച്ചാൽ അപ്പോഴും ഇന്ദ്രിയങ്ങളുടെ ചലനം മനസ്സിന്റെ ചലനം പഴയ ചില ഹാബിറ്റ് ശരീരത്തിന്റെ ചില സ്വഭാവങ്ങളൊക്കെ ഈ ജ്ഞാനത്തിനെ ദൃഢമാക്കാൻ അനുവദിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കും അതാണ് അദൃഢജ്ഞാനം എന്ന് പറയുന്നത് ദൃഢമല്ലാത്ത ജ്ഞാനം ജ്ഞാനം വന്നു തെളിച്ചമുണ്ടായി ക്ലാരിറ്റി ഉണ്ടായി ഒരിക്കൽ തെളിച്ചുണ്ടായി ക്ലാരിറ്റി ഉണ്ടായാൽ തന്നെ എന്ത് പുസ്തകം വേണമെങ്കിൽ പിന്നെ പറയാം ഏത് ഉപനിഷത്തോ ഗീതയോ എന്ത് വേണമെങ്കിൽ എടുത്തും പറയാം എന്താ കണ്ടുകഴിഞ്ഞു വസ്തുവിന് പക്ഷേ അതില് യു ആർ നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദാറ്റ് സ്റ്റേറ്റ് യു ആർ യു ഹാവ് സിംപ്ലി ഹാഡ് എ ഗ്ലിംസ് ഓഫ് ഇറ്റ് അതില് ദൃഢപ്രതിഷ്ഠ ദൃഢപ്രതിഷ്ഠ നേടണമെങ്കിൽ ചിലപ്പോ എന്താവും നഹി ഏകസ്മാ ഗുരോ ജ്ഞാനം സുദൃഢം സാത്ത് സുപുഷ്കലം ബ്രഹ്മൈ അദ്വിതീയം വൈ ഗീയത്തെ ബഹുധർഷിഭി ഇനി പറയാൻ പോകുന്നു ഈ അവധൂതൻ തന്നെ അവസാനം ഇതിനെ എടുത്തു പറയുന്നു നഹി ഏകസ്മാത് ഗുരോ ജ്ഞാനം സുസ്ഥിരം സാത്ത് സുപുഷ്കലം ബ്രഹ്മൈസ അദ്വിതീയം വൈ ഗീയത്തെ ബഹുദർശിപിഹീനം ഒരു ഗുരുവിൽ നിന്നും ചിലപ്പോ ചിലർക്കൊക്കെ ഇന്നലെ പറഞ്ഞുവല്ലോ ഇന്ന് രാവിലെ പറഞ്ഞു ചിലപ്പോ ഒറ്റയടിക്ക് കാര്യം കഴിഞ്ഞു പോവും പക്ഷെ അധികവും ഒരു ഗുരുവിൽ നിന്നും ജ്ഞാനഗുരു ഒരാളുണ്ടാവും മുഖ്യ ഗുരു ഒരാളും ഉപഗുരു അനേകം ഉണ്ടാവാം ഈ ഉപഗുരുക്കളൊക്കെ എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഒരു വിളക്ക് വെച്ചു ഈ റൂമിന്റെ നടുവിൽ ഒരാള് വന്ന് ആ വിളക്ക് കൊളുത്തി ആദ്യം വിളക്ക് കൊണ്ടുവന്ന് വെച്ച ഒരാള് ഒരാൾ ആ വിളക്കില് എണ്ണ ഒഴിച്ചു കൊടുത്തു വേറെ ഒരാൾ ആ വിളക്കില് തിരിയിട്ടു വേറെ ഒരാള് ആ വിളക്ക് കൊളുത്തി ദീപം അതിൽ വെച്ചു ദീപം വെച്ച് അതിങ്ങനെ ആ നാളം ചലിച്ചുകൊണ്ടേയിരിക്കുന്നത് കണ്ട് വേറെ ഒരാള് വന്ന് ോ ജനലായിട്ട് അടച്ച് കാറ്റുകിടക്കാത്ത വിധത്തിൽ ഏതേത് സ്ഥലത്തിൽ നിന്ന് കാറ്റുകിടക്കണു എന്ന് കണ്ട് അവിടെവിടം അടച്ച് ആ ദീപനാളം ചലിക്കാതെ അൺഫ്ലിക്കറിംഗ് ആയിട്ട് നിർത്തി ഇപ്പൊ ഇതില് വിളക്ക് കൊണ്ടുവന്ന് വെച്ച് വിളക്കിൽ എണ്ണയൊഴിച്ചു കൊടുത്ത് തിരി കൊടുത്തവരൊക്കെ പ്രിപ്പറേഷൻ ചെയ്യുന്ന ഗുരുക്കന്മാരാണ് അവര് നമ്മളെ ജ്ഞാനത്തിന് സ്വീകരിക്കാൻ പക്വപ്പെടുത്തുന്ന ഗുരുക്കന്മാരാണ് എണ്ണ ഒഴിച്ചു തന്ന തിരിയിട്ട് തന്നവര് വിളക്ക് കൊളുത്തിയ ആളാണ് സദ്ഗുരു മുഖ്യഗുരു ജ്ഞാനഗുരു വിളക്ക് കൊളുത്തിയ ശേഷവും അത് കെട്ടുപോവാതിരിക്കാനായിട്ട് ഏതേത് ഭാഗത്തിൽ നിന്നും കാറ്റ് ഉള്ളിൽ കടന്ന് ആ നാളത്തിനെ ചലിപ്പിക്കണു എന്ന് കണ്ട് അതാത് ഭാഗങ്ങളിലുള്ള ജനലും വാതിലും ഒക്കെ അടച്ചു ഈ ഉദാഹരണം നിലവണം ധരിച്ചോളാം നമ്മുടെ ജ്ഞാനത്തിൽ വരുന്നതിന് മുമ്പ് ഗുരുക്കന്മാരുണ്ടാവും ജ്ഞാനം ഉണ്ടായ ശേഷവും ഗുരുക്കന്മാരുണ്ടാവും ഇവരെല്ലാരും കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു സുസ്ഥിരം സ്യാത് സുപുഷ്കലം ദേ മേക്ക് ഇറ്റ് കംപ്ലീറ്റ്ലി സേഫ് അൺ ഫ്ലിക്കറിംഗ് ദേ മേക്ക് യു എസ്റ്റാബ്ലിഷ് ഇൻ ട്രൂത്ത് എല്ലാ വിധത്തിലും സഹായം ചെയ്ത് ഈ ജീവന് കടപ്പാട് മുഖ്യ ഗുരുവിനോടാണ് ഈ ജീവന് കടപ്പാട് വിളക്ക് കൊളുത്തി തന്ന ഗുരുക്കന്മാരോട് കൊളുത്തി തന്ന ഗുരുവിനോട് എന്തിനാന്ന് വെച്ചാൽ കടപ്പാട് എന്ന് വെച്ചാൽ ഇപ്പൊ ആരോടും ഈ ജീവന് കടപ്പാട് ഈ വിളക്കിനെ സൂക്ഷിക്കുന്നതാണ് കടപ്പാട് അല്ലാതെ ആ ഗുരുവിനെ ആരാധിക്കാനല്ല പക്ഷേ ഇയാൾക്ക് ഗുരു എന്നുള്ള ഭാവം ഈ വിളക്ക് കൊളുത്തിയ ആളോടായിരിക്കും നാച്ചുറലി പക്ഷേ വിളക്ക് കൊളുത്തിയ ആള് മാത്രം മതി ബാക്കിയുള്ളവരൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഈ നാണം ചലിക്കാതെ നിൽക്കില്ല ബാക്കിയുള്ളവരും ഒക്കെ വേണ്ടി വരും എല്ലാരും സഹായിക്കേണ്ടി വരും അപ്പോ തുറന്ന് ഹൃദയത്തോടുകൂടെ ഇരിക്കണം ഒരു സാധകൻ സത്യത്തിനെ പൂർണ്ണമായി അനുഭവത്തിനെ ദൃഢമാക്കി സർവത്തോഭദ്രമാക്കി തീർക്കാം നിവാസ ദീപായവ നിശ്ചലംഗാഹ മനോന്മനീ മഗ്നധിയോതി നിരന്തരാഭ്യാസ നിത സാ ജൃംഭത്തെ യോഗിനി യോഗനിദ്ര ആചാര്യസ്വാമികൾ ഒരിടത്ത് പറഞ്ഞു നിരന്തരാഭ്യാസ നിത യോഗനിദ്രയെ കുറിച്ച് പറ യോഗാനുഭവത്തിനെ കുറിച്ച് പറയുന്ന നിരന്തരാഭ്യസ നിതാണ് നിരന്തര അഭ്യാസം കൊണ്ട് ഭദ്രമാവുന്നു നിവാത ദീപ ഇവ കാറ്റില്ലാത്തടത്തുള്ള പോലെ അപ്പോ ഇന്നലെ അവധൂതൻ യദു മഹാരാജാവിന് തനിക്ക് ജ്ഞാനം എങ്ങനെ സർവത്തോഭദ്രമായി എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു യതു ചോദിക്കുകയാണ് ഭഗവാനെ അവിടുന്ന് എങ്ങനെ സദാശാന്തിയിലിരിക്കുന്നു യാതൊന്നും ചെയ്യുന്നില്ലെങ്കിലും ചെയ്യ ചെയ്യുക എന്നുള്ളതൊരു കർമ്മയോഗം പോയിട്ട് സാധാരണ ആളുകളുടെ ഇടയിൽ കർമ്മരോഗമാണ് കർമ്മയോഗമല്ല എന്താന്ന് വെച്ചാൽ അഞ്ചു മിനിറ്റ് ഒന്നും ചെയ്യാതിരിക്കാൻ വയ്യ അല്ലാതെ പ്രവൃത്തി എന്തെങ്കിലും കാര്യമുണ്ടായിട്ട് ചെയ്യലല്ല വെറുതെ ഇരിക്കാൻ വയ്യ എന്തെങ്കിലും ചെയ്യുകയാണെന്ന് അഞ്ചു മിനിറ്റ് വെറുതെ ഇരിക്കാൻ പറയൂ നഖം കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിക്കൊണ്ടിരിക്കും എന്തെങ്കിലും നമ്മൾ ചെയ്യും കൈ കാല് കൈ കൊണ്ടിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്താ ചേഷ്ടയാണ് കർമ്മമല്ല നമുക്ക് സാധാരണ ചേഷ്ട ഇദ്ദേഹമോ യാതൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ഇരുന്നും പരമപ്രശാന്തൻ അവിടുന്ന് പ്രാപിച്ചിട്ടുള്ള രഹസ്യം എന്താണ് അങ്ങയെ കണ്ടാ സമുദ്രം പോലെ അവിടുന്ന് ഗംഭീരനായും പൂർണ്ണനായും ഇരിക്കുന്നു ആഴമുള്ളവനായും ഇരിക്കുന്നു അങ്ങ് ധർമ്മത്തിനോ അർത്ഥത്തിനോ കാമത്തിനോ വേണ്ടി പരിശ്രമിക്കുന്നില്ല അരോഗദൃഢാത്രനായിട്ട് ഇരിക്കുന്നു കർമ്മബദ്ധനല്ലാതെ അതിസുന്ദര യോഗശരീരത്തോടുകൂടെ ഇരിക്കുന്നു സകലവിധ സംസാരികളുടെ നടുവിലിരുന്നും താമരതളത്തിലുള്ള ജലം പോലെ അസ്പൃഷ്ടനായിട്ട് അസ്പർശയോഗത്തിൽ ഇരിക്കുന്നു അവിടുത്തേക്ക് ജ്ഞാനം ഇത്ര കണ്ട് എങ്ങനെ ദൃഢമായിട്ട് തീർന്നു രാജാവ് ഈ ചോദിക്കുന്ന രാജാവും ജ്ഞാനിയാണ് അല്ലെങ്കിൽ ഇത്തരം ചോദ്യമേ ചോദിക്കാൻ സാധ്യമല്ല യദു ജ്ഞാനം നേടിയിട്ടുണ്ട് പക്ഷേ യദുവിന് ജ്ഞാനം ഭദ്രമായിട്ടില്ല ജ്ഞാനം ഭദ്രമാവുന്ന രഹസ്യമാണ് യദു ചോദിക്കുന്നത് അവതൂതനോട് ഞങ്ങൾക്കൊക്കെ ജ്ഞാനം ശ്രവിച്ചു പോകുന്നു അല്പസ്വല്പം യോഗസാധനയോ ധ്യാനമോ ഒക്കെ ചെയ്താൽ ആ സ്ഥിതിയിൽ നിൽക്കുന്നു പിന്നെയും സമൂഹത്തിലേക്ക് വരുമ്പോ ചലിച്ചു പോകുന്നു വ്യവഹാരത്തിലേക്ക് വരുമ്പോ ആളുകളുമായി ബന്ധപ്പെടുമ്പോ ചലിച്ചു അത്തരം ചലനമില്ലാതെ ആനന്ദം അങ്ങേക്ക് എവിടുന്ന് കിട്ടി ത്വം ബ്രഹ്മൻ ആസ്മനി ആനന്ദകാരണം ബ്രൂഹിസ്പർശവിഹീന കേവലാത്മന അസ്പർഷ്ടനായിട്ടിരിക്കുന്നു അവിടുന്ന് എന്നിട്ട് ഈ ആനന്ദം എവിടുന്ന് കിട്ടി അപ്പോ അവതൂതൻ പറഞ്ഞു രാജൻ തത്വനിഷ്ഠനായ ഞാൻ എനിക്കുള്ള മനസ്സിന്റെ ശാന്തി सुस्थि तीर्तुन नष्टा विधति सर्वतोभद्रा शांति आ शांति ते स आ शांति ते योग योगानुभवे योगस्थि यादा भद्रमा की नष्ट इन नष्टा विधति या शांति शांति ആ ശാന്തി എങ്ങനെ നഷ്ടപ്പെടാത്ത സ്ഥിതിയിൽ കിട്ടി എന്നുവെച്ചാൽ അതിന് ഞാൻ ഇരുപത്തിനാല് പേരെ ആശ്രയിച്ചു എന്നാണ് സന്തി മേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധിയുപാശ്രിത യോ ബുദ്ധിമുപാദായ മുക്തോടാമീഹതാം ശൃണു പൃഥിമായുരാകാശം ആപോഗ്നിശ്ചന്ദ്രമാരവി കോതോ അജഗര സിന്ധു പതംഗോ മധുകൃത്ഗജ മധുഹരിരിണോ മീനഃ പിരരോർഭരത് സർപ്പൂർണഭിസുശത് എ ഗുരവോ രാജൻ ചുർവിംശതിരാശ്രിത ശിക്ഷാവൃത്തിഷാമന്വശിക്ഷഹാത്മന യോ യുശിക്ഷാമി യഥാവാനാഭൂഷാത്മജ തത്തഥാ പുരുഷവ്യാഘ്രം നിബോധ കഥയാമി തേ ഹേ പുരുഷശ്രേഷ്ഠനായ രാജങ്ങൾ എന്റെ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ ഓരോരുത്തരെയായി ഞാൻ എണ്ണി പറയാം കേട്ടുകൊള്ളുക ഇന്നലെ പറഞ്ഞു ഇരുപത്തിനാല് പേർ അതിലാദ്യം അഞ്ചു പേര് പഞ്ചഭൂതങ്ങളാണ് ഭൂമി ജലം അഗ്നി വായു ആകാശം അതിൽ ആദ്യത്തെ ഗുരു ഭൂമിയാണ് ഭൂമിയിൽ നിന്നും ആദ്യത്തെ തത്വം ഞാൻ പഠിച്ചു ഇന്ദ്രിയ ഒരു വേദാന്ത ഉണ്ടാവണമെങ്കിൽ സാധന ചതുഷ്ടയ സമ്പത്തി വേണം എന്ന് ശാസ്ത്രം പഠിച്ചവർ പറയും സാധന ചതുഷ്ടയ സമ്പത്തി വിവേകം വൈരാഗ്യം ശമം ദമം ഉപരതി ശ്രദ്ധ സമാധാനം മുമുക്ഷുത്വം ഈ സാധന ചതുഷ്ടയ സമ്പത്തി ഉണ്ടെങ്കിൽ തന്നെ പൂർണ്ണമായി സാധന ചതുഷ്ടയ സമ്പത്തി ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ജ്ഞാനിയായി ആപാതഹ സാധന ചതുഷ്ടയ സമ്പത്തി ഉണ്ടെങ്കിൽ വേദാന്ത ശ്രവണം ചെയ്താൽ ജ്ഞാനം ദൃഢമാവും സാധന ചതുഷ്ടയ സമ്പത്തി ഉണ്ടെങ്കിലേ ജ്ഞാനം ഉണ്ടാവുള്ളൂ എന്നാണ് അതായത് ഈ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാ ക്വാളിഫിക്കേഷൻ അതിൽ ഒരു മുഖ്യമായ ഒരു ക്വാളിഫിക്കേഷൻ തിക്ഷ എന്ന് പറയും ദുഃഖങ്ങളെ സഹിക്കാനുള്ള ഒരു കെൽപ്പ് സഹനം സർവദുഖാന അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിക്ഷാ നിഗദ്യത്തെ അപ്പോ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോ അല്പസ്വൽപ്പം കൊതുക് കടിച്ചാലും സഹിക്കാനുള്ള ശക്തി നമ്മുടെ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു ഞാൻ ധ്യാനിക്കാനിരിക്കുമ്പോ കൊതുക് കടിക്കണോ അടിക്കണോ വേണ്ടയോ അതിനെ ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ് അപ്പൊ മഹർഷി പറഞ്ഞു നിങ്ങൾ എന്താ ധ്യാനിക്കുന്നത് ഞാൻ ആദ്യം ദേഹമല്ല മനസ്സല്ല അഹങ്കാരമല്ല എന്ന് ധ്യാനിക്കും കൊതുകും നിനക്കത് പഠിപ്പിക്കുകയാണ് നീ ദേഹമല്ല ദേഹമല്ല എന്ന് ഒന്ന് കൊതുക് കടിക്കുമ്പോ നീ ഞാൻ ദേഹമാണ് ദേഹമാണെന്ന് ഒന്ന് അടിക്കണം കുറച്ച് സഹിച്ചോളൂ ആ എന്നാണ് സഹനം സർവദുഃഖാനം അപ്രതീകാര പ്രതീകാര ബുദ്ധി ഇല്ലാതെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ചെയ്തു നമുക്ക് തോന്നിയാൽ മതി അങ്ങോട്ട് തിരിച്ചടിച്ചു പ്രതീകാരം അപ്രതീകാരപൂർവകം എന്തെങ്കിലും ചെയ്തു തോന്നിയാൽ മതി റിയാക്ഷൻ ചിന്താവിലാപരഹിതം പിന്നെയും അത് കഴിഞ്ഞിട്ടും അതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ എനിക്ക് ചെയ്തുവല്ലോ എന്നെ ചെയ്തുവല്ലോ എന്നെ ചെയ്തുവല്ലോ അതിനെ ആലോചിച്ച് വിലപിക്കും ഇത് യാതൊന്നും ഇല്ലാതിരിക്കുന്നതിന് തിദിക്ഷാന്ന് പേര് എന്നാണ് അത് ഭൂമിയിൽ നിന്ന് പഠിച്ചുത്രേ ഭൂമിയിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണമല്ലേ ാലത്ത് മനുഷ്യര് നദിയിൽ ഒഴുകുന്ന വെള്ളം കുളത്തിലുള്ള വെള്ളം ഇതൊക്കെ കുടിച്ചിരുന്നുള്ളൂ മഴയെന്ന് കിട്ടുന്ന വെള്ളം പിന്നെ പിന്നെ കണ്ടുപിടിച്ചു കിണർ കുഴിക്കാനുള്ള വഴി പിന്നെ ഇപ്പൊ കിണർ പോയി ബോർ വെല്ലായി കുഴിച്ചു കുഴിച്ചു പോയി ഇപ്പോ നിങ്ങൾക്കൊന്നും അറിയോ അറിയില്ല ജാപ്പനീസ് ഭൂമിയെ കഴിയുമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കുഴിച്ച് അമേരിക്ക വരെ കുഴിക്കാൻ പോവാണ് ഭൂമിയുടെ രഹസ്യം കണ്ടുപിടിക്കാനാണ് അത്ര ഉള്ളില് രണ്ടായിരം കിലോമീറ്ററോ എന്തോ പറഞ്ഞു അവര് കുഴിച്ചു പോവ ഉള്ളില് സമുദ്രത്തിന്റെ ഉള്ളില് അതിന്റെ രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് ഇവര് രഹസ്യം കണ്ടുപിടിച്ച അവസാനം എന്താ ഇരിക്കണോ കൊമ്പ് വെട്ടണോ പോലെയാവും മരത്തിന്റെ കൊമ്പിലിരുന്നിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അതുപോലെയാണ് കുഴിച്ചു കുഴിച്ച് അങ്ങോട്ട് പോവാണ് ആരോ പറഞ്ഞു സമുദ്രത്തിൽ കുഴിച്ച് വെള്ളമൊക്കെ ചോർന്നു പോകുന്നു ഭൂമിയെ അത്ര കണ്ട് ദ്രോഹമാകും ഭൂമി ഒരു ചെറിയ ചലനം ചെയ്താൽ മതി സുനാമി അപ്പൊ ഒന്ന് കണ്ടതാണ് നമ്മൾ അല്ലെ ഭൂതൈ ആക്രമ്യമാണോപി ധീരോ ദൈവവശാനുഗൈ തദ്വിദ്വാന്ന ചലയൻ മാർഗാത് അന്വശിക്ഷം ക്ഷിത്തെ വ്രതം ഭൂമിക്കൊരു വ്രതമത്ര ക്ഷിതി ക്ഷമാ ഇതൊക്കെ ഭൂമിയുടെ പര്യായ പഥമാണ് ക്ഷമാ ഭൂമിയുടെ ഒരു പേരാണ് ക്ഷമിക്കുക ക്ഷമയാ പൃഥിവി സമഹ എന്ന് വാൽമീകി രാമായണത്തിൽ ശ്രീരാമചന്ദ്രന് ഒരു ക്വാളിറ്റി ഒരു ഗുണം ക്ഷമ എന്നുള്ളതാണ് എന്തും സഹിച്ചോളാം നമ്മൾ അതെങ്ങനെ വിരോധമില്ലാതെ കൈക്കേകി ദശരഥൻ രാമനെ വിളിച്ചു പറഞ്ഞു നാളെ പട്ടാഭിഷേകം ഓ ശരി സന്തോഷിച്ചു തുള്ളിച്ചാടിയതൊന്നുമില്ല നല്ല പട്ടാഭിഷേകം എന്ന് പറഞ്ഞപ്പോ കൗസല്യാദേവിയുടെ അടുത്ത് ചെന്ന് ഭഗവാൻ അവതരിപ്പിക്കുന്നത് തന്നെ വളരെ മനോഹരമാണ് കൗസലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു അമ്മ പി അമ്പ പിത്രുക്തോസ്മി പ്രജാപാലന കർമ്മണി അമ്മ അച്ഛൻ പ്രജാപാലനം എന്നുള്ള ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിരിക്കുന്നു അതേ അച്ഛൻ അടുത്ത ദിവസം വിളിച്ചു കൈകേകിയുടെ അറയിലേക്ക് വിളിച്ചു വിളിച്ച് ഭഗവാനോട് പറയാണ് കൈകേകി പറയുന്നു ഒമ്പതും അഞ്ചും വർഷം കാട്ടിലേക്ക് പോകൂ നവപഞ്ചവർഷാണി ദണ്ഡകാരണ്യം അശ്രിത ചീരാജിനധരോധീരോ രാമോഭവതു താപസ ഒമ്പതും അഞ്ചും വർഷം പതിനാല് വർഷം കാട്ടിലേക്ക് പോകൂ സീത പറയുന്നത് പിന്നാലെ വായ കൊണ്ട് പറഞ്ഞതല്ലാത്രേ മനസ്സുകൊണ്ട് കാട്ടിലേക്ക് ആദ്യം പോയിട്ട് എസ് പറഞ്ഞു അത്ര മനസ്സുകൊണ്ട് ആദ്യം മനസാ പൂർവം ആസാദ്യ വാചാ പ്രതിഗൃഹീതവാൻ മനസ്സുകൊണ്ട് പോയിട്ട് ഏവം അസ്തു ഗമിഷ്യാമി വനം വസ്തു മഹം ത്വിതേകി ധൃതി ഭഗവാനെ കാട്ടിലേക്ക് അയക്കാനായിട്ട് വേഗം പുറപ്പെടാവും വേഗം പുറപ്പെടാവണം അപ്പൊ അമ്മയെ സമാധാനിപ്പിക്കാനായിട്ട് രാമൻ പറയുന്ന വാക്ക് കൈകേകി മാതാവിന് എത്ര കാരുണ്യം ആരിങ്ങനെ ഒരു അനുഗ്രഹം ചെയ്യും തന്റെ പുത്രനായ ഭരതനോടാണോ രാമനോടാണോ കൈകൈകിക്ക് പ്രിയം അധികം എന്നൊരു ക്ലാസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എന്നോടാണ് അമ്മയ്ക്ക് കൂടുതൽ പ്രിയം ഈ രാജ്യപരിപാലനം എന്നുള്ള വളരെയധികം വേദന ഉണ്ടാക്കുന്നതായി ചുമതലയെ തന്റെ പുത്രന്റെ തലയിൽ കഴിച്ചുവെച്ച് കാട്ടിൽ ചെന്നാൽ എനിക്കെന്റെ ശരീരം മാത്രം രക്ഷിച്ചാൽ മതി രാമൻ സൗഖ്യമായി വനത്തിലിരിക്കട്ടെ എന്ന് ഈ കരുണ ആഴ്ചയും വനഭുവി തനുമാത്രാണം ആജ്ഞാപിതം സകല ഭുവനഭാരാപിതോ വത്സമൂർധ്നി തതിഹ സുഖരം ആവയോ തർക്കിതാം മൈ പതതി ഗരീയാൻ അമ്പാ തേ പക്ഷപാത കൈകേകിയുടെ പക്ഷപാതം വെയിറ്റ് എവിടെയാണോ നോക്കുമ്പോൾ എന്റെ അടുത്താണോ കൂടുതൽ എന്റെ അടുത്താണോ അമ്മയ്ക്ക് പ്രിയം കൂടുതൽ എന്നെ കാട്ടിൽ ചെന്നാൽ ഞാൻ എന്റെ ശരീരം മാത്രം രക്ഷിച്ചാൽ മതി ഒന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നെ കാട്ടിലേക്ക് അയച്ചില് ഇത് ആര് ചെയ്യും നാഹം അർത്ഥപരോദേവി ലോകമാവസ്തുസഹേ ബിദ്ധിമാം ഋഷിസ്തുല്യം വിമലം ധർമ്മമാസ്ഥിതം രാമചന്ദ്രൻ തന്നെ കുറിച്ച് തന്നെ എനിക്ക് ഈ ധനവും രാജ്യസമൃദ്ധിയിലൊന്നും എനിക്ക് ആസക്തിയില്ല എന്നെ വശിഷ്ട വിശ്വാമിത്രാദി ബ്രഹ്മ ഋഷികൾക്ക് തുല്യനായി അറിഞ്ഞുകൊള്ളുക വിമലം ധർമ്മമാസ്ജിദം ബ്രഹ്മവിദ്യാസ്വരൂപമായിട്ടുള്ള നിർമ്മലധർമ്മത്തിലാണ് എനിക്ക് രുചി യാതൊരു വെറുപ്പില്ല കാട്ടിൽ പോയി കാട്ടിൽ ചെന്ന് താമസിച്ചു ആരോടും വിരോധമില്ല അവസാനം രാവണനെ വധിച്ച ശേഷം വിഭീഷണൻ പറയുന്നു ഞാൻ രാവണനെ ശ്രാദ്ധം ചെയ്യില്ല അപ്പൊ ഭഗവാൻ പറയാണ് നീ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യും മരണാന്താനി വൈരാണി നിർവൃത്തം നഹാപ്രയോജനം ക്രിയതാമസ്യ സംസ്കാര മമാപ്യേഷ യഥാർത്ഥ തനിക്ക് എങ്ങനെ അവൻ സഹോദരനോ അതുപോലെ എനിക്കുവാണെന്ന് പറയാൻ കഴിയോ അങ്ങനെ മരണാന്താനി മരണത്തോടുകൂടെ നമ്മളുടെ വൈരം ശത്രുതയൊക്കെ അവസാനിച്ചു എന്നത് ഇനി ചെയ്യേണ്ടത് ചെയ്യൂ അപ്പൊ ക്ഷമയാ പൃഥിവി സമഹ എന്ത് തെറ്റും ക്ഷമിച്ച് അത് യോഗിയുടെ ലക്ഷണമാണ് എന്താണെന്ന് വെച്ചാൽ ക്ഷമിക്കുന്നത് കൊണ്ട് നമ്മൾ ആരെയോട് ക്ഷമിക്കണോ അവർക്കല്ല ഗുണം അവരെക്കാളും ഗുണം ഈ ക്ഷമിക്കുന്നവനാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം ക്ഷമിക്കുന്നത് കൊണ്ട് മറ്റുള്ള ആളോടല്ല ആൾക്കല്ല ഗുണം ഈ ക്ഷമിക്കുന്നവനാണ് ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ വെറുക്കുന്നത് കൊണ്ടോ ദേഷ്യപ്പെടുന്നത് കൂടുതൽ അഹിതം എനിക്കാണോ ഉണ്ടാവണത് എന്റെ ചിത്തം ചഞ്ചലമായി ചപലമായി ഏകനാഥ് മഹാരാജ് ദേഷ്യമേ വരില്ല എന്നുള്ളത് പ്രസിദ്ധം ഏകനാഥ് സ്വാമിയെ ദേഷ്യപ്പെടുത്താനായിട്ട് നാട്ടിലുള്ള പിള്ളേരൊക്കെ കൂടെ ഒരാളെ സ്ക്രൂ ചെയ്തു വിട്ടു അദ്ദേഹം വായ് നിറച്ച് വെറ്റലയിട്ട് ഏകനാഥ് സ്വാമി കുളിച്ചു വരുമ്പോ ഗോദാവരി സ്നാനം കഴിഞ്ഞു വരുമ്പോ വായിൽ വെറ്റലിയിട്ട് മുഖത്ത് തുപ്പി തുപ്പി യാതൊരു വിഷമവും ഇല്ലാതെ തിരിച്ചുപോയി കുളിച്ചു വീണ്ടും വന്നു വീണ്ടും തുപ്പി വീണ്ടും കുളിച്ചിട്ട് വന്നു വീണ്ടും തുപ്പി ഇങ്ങനെ അനേക വട്ടം പലവട്ടം തുപ്പി പലവട്ടം അദ്ദേഹം പോയി കുളിച്ചിട്ട് വന്നു അവസാനം പശ്ചാത്താപം ഉണ്ടായ ഈ മനുഷ്യൻ സ്വാമിയെ കാറിൽ വീണ് നമസ്കരിച്ച് ഞാൻ തെറ്റ് ചെയ്തു എനിക്ക് ആശ്ചര്യം തോന്നുന്നു ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഞാൻ എത്ര പ്രാവശ്യം അങ്ങനെ നിന്ദിച്ചു ദ്രോഹിച്ചു തുപ്പി എന്നിട്ടും അങ്ങേക്ക് എന്താ കോപം വരാത്തതെന്ന് ചോദിച്ചപ്പോ ഏകനാഥ് പറഞ്ഞു അത്രേ കോപം വരാത്തത് തനിക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ കോപിക്കരുത് നീ തുപ്പിയ ചളിയും ഞാൻ വെള്ളത്തിൽ പോയി മുങ്ങിയാൽ പോകും പക്ഷേ തുപ്പി എന്ന് പറഞ്ഞ് തന്നോട് എനിക്ക് ദേഷ്യം വന്നാൽ ആ ചളി ഞാൻ എത്ര പ്രാവശ്യം ഗോദാവരിയിലല്ല ഗംഗയിലല്ല എവിടെ പോയി മുങ്ങിയാലും പോവില്ല ഈ തുപ്പി മുഖത്തായ ചളി ഗോദാവരിയിലോരിക്ക മുങ്ങിയാ പോകും പക്ഷേ അകത്ത് തന്നോട് എനിക്കൊരു വിദ്വേഷം ഒരു റിയാക്ഷൻ അത് ഗോദാവരിയിലോ ഗംഗയിലോ ഒന്നും കുളിച്ചു പോവില്ല അപ്പൊ ക്ഷമിക്കുന്നത് കൊണ്ട് ക്ഷമിക്കുന്നവനെക്കാളും കൂടുതൽ ആർക്ക് ആര് ക്ഷമിക്കുന്നുവോ ആരോട് ക്ഷമിക്കുന്നു അതിനേക്കാൾ കൂടുതൽ ക്ഷമിക്കുന്നവനാണ് ഈ അനുഗ്രഹം മാത്രമല്ല നമ്മൾ ആരോടെങ്കിലും തിരിച്ചാക്രമിക്കുമോ നമ്മളെ ആരെങ്കിലും ആക്രമിക്കുമ്പോ തിരിച്ചാക്രമിക്കുമ്പോ ആദ്യത്തെ ദോഷം എന്താന്ന് വെച്ചാൽ അയാള് കർത്താവാണ് എന്ന് ആരോപിച്ചു യഥാർത്ഥത്തിൽ ഇവിടെ ആരും കർത്താവല്ല നമ്മളുടെ പ്രാരബ്ധം ഓരോരുത്തരിലൂടെ വരണോ ഉള്ളൂ അത് ആളുകൾ ചെയ്താൽ നമ്മൾ കുറ്റപ്പെടുത്തും ഒരു സുനാമി ചെയ്താൽ നമ്മൾ ആരോട് ചണ്ടയ്ക്ക് പോവും ഒരു മനുഷ്യൻ വെടിവെച്ച് കൊല്ലുകയോ കുത്തിക്കൊല്ലുകയോ ചെയ്താൽ സകല പത്രങ്ങളിൽ എഴുതും അയാൾ തൂക്കിക്കൊല്ലണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ചർച്ച ചെയ്യും അതൊരു സുനാമി നടന്നു വെച്ചാൽ അല്ല ഒരു മലയുടെ മേലെന്ന് ഒരു പാറകല്ല് ഉരുണ്ട് തലയിൽ വീണാൽ ആരോട് മലയെ കോടതിയിൽ കയറ്റു ഒരു കഥ കേട്ടു അങ്ങനെ ഒരാള് ഒരു ബോട്ടിൽ പോവാണ് ഹൗസ് ബോട്ടിൽ അപ്പോ ഒരു സന്ധ്യാകാലമായപ്പോ മറ്റൊരു ബോട്ട് ഇതിൽ വന്ന് ബലവുമായിട്ട് ഇടിച്ചു അപ്പൊ ഹൗസ് ബോട്ടിൽ ഉള്ളിലിരിക്കുന്ന ആള് ഇപ്പൊ ഞാൻ ആ ഇടിച്ച ബോട്ടുകാരനെ വെടിവെച്ചു കൊല്ലും എന്ന് പറഞ്ഞ് തോക്കുകൊണ്ടുവന്നു അത്രേ പക്ഷെ നോക്കുമ്പോ എന്താ അത് കാലി ബോട്ടാണോ എന്ന് ഇടിച്ചത് ഇയാൾ ആരും വെടിവെക്കും കാലി ബോട്ട് അത് ആരും ആളില്ല ആളുണ്ടെങ്കിലും വെടിവെക്കാൻ പറ്റുള്ളൂ അതിൽ ഒരാളുണ്ടെങ്കിലോ സകല ദേഷ്യവും അവിടെ വിട്ടിട്ടുണ്ടാവും ഇപ്പൊ ആളില്ല എന്ന് കണ്ടപ്പോ എന്താ പുഷ്ന്ന് പോയുള്ളൂ നമ്മൾ ഒരാളെ ഫസ്റ്റ് ഒരു വ്യക്തിയാണെന്ന് ആരോപിക്കുന്നു പിന്നെ അയാളുടെ ചില നന്മകൾ ആരോപിക്കുന്നു ആ നന്മകൾ തന്നെ ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെടാത്ത വിധത്തിലായ തിന്മയായിട്ട് മാറും നന്മകളുണ്ടെങ്കിൽ ആഹാ അതുപോലെ ഒരാളില്ല എന്ന് പറയും എന്തെങ്കിലും തിന്മയുണ്ടോ തോന്നിയാലോ ഉടനെ നമ്മളുടെ ഉള്ളിൽ നിന്ന് റിയാക്ഷനായി വെറുപ്പായി വെറുക്കുന്നത് കൊണ്ടോ പുകഴ്ത്തുന്നത് കൊണ്ടോ അയാൾക്കൊന്നും ഒരു കുഴപ്പമില്ല അയാൾ സുഖമായിട്ടിരിക്കും നമ്മളയാളെ വെറുത്തുകൊണ്ടേ ഇരിക്കും അയാൾ നമ്മളെ കാണുമ്പോഴൊക്കെ ഹലോ ഹൗ ആർ യു ചോദിച്ചിട്ട് പോവും സുഖമായി അയാൾ ചാപ്പാട് കഴിച്ച് പെരുത്തുകൊണ്ടിരിക്കും നമ്മൾ ക്ഷീണിച്ച് തളർന്ന് അയാളെ വെറുത്ത് വെറുത്ത് വെറുത്ത് വെറുത്ത് വെറുത്ത് ശിശുപാലനും കൃഷ്ണനും പോലെയാണ് ശിശുബാലൻ വെറുത്ത് വെറുത്ത് വെറുത്ത് അതുകൊണ്ട് തന്നെ തളർന്നു കൃഷ്ണനെ വെറുത്തുകൊണ്ട് തന്നെ അപ്പൊ വെർപ്പ് ദ്വേഷം അല്ലെങ്കിൽ റിട്ടാലിയേഷൻ ഇതൊക്കെ നമ്മളുടെ എനർജി വേസ്റ്റാണ് യോഗത്തിന് തടസ്സമാണ് എന്ത് വിഷമങ്ങൾ വന്നാലും സഹനം സർവദുഖാനാം അപ്രതീകാരപൂർവകം യാതൊരു പ്രതീകാര ബുദ്ധി ഇല്ലാതെ തിരിച്ചങ്ങോട്ടൊന്നും ചെയ്യാതെ എന്തൊക്കെ തന്നെ ചെയ്താലും അതൊന്നും തന്നെയല്ല എന്നുള്ള മട്ടിൽ തന്നിൽ യാതൊന്നും ഹിറ്റാവാതെ ബാധിക്കാതെ അഹങ്കാരമുള്ളപ്പോ എല്ലാം ബാധിക്കുന്നത് എന്നെയാണല്ലോ ഞാനൊന്നുമുള്ള അഹങ്കാരത്തിനെയാണല്ലോ ആരെങ്കിലും ഒരാൾ ചീത്ത പറഞ്ഞു ഉടനെ എന്ത് സംഭവിക്കുന്നു ശ്രദ്ധിക്കാം എന്നെ ചീത്ത പറഞ്ഞു ഞാൻ എത്ര വലിയ ആളാ എന്നെ ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ ഞാൻ ഉടനെ ചെന്ന് ഇവിടെ വന്ന് അസ്ത്രം സെന്ററിൽ ഒരു പെർസണാലിറ്റിയെ കുത്തി ആ പെർസണാലിറ്റി ഉടനെ തിരിച്ച് എന്തെങ്കിലുമൊക്കെ പുറമേക്ക് തൂപ്പും റിറ്റാലിയേഷൻ ഭൂമിക്ക് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഇല്ലാത്തതുകൊണ്ട് അഹങ്കാരമില്ലാത്തതുകൊണ്ട് ഭൂമി ദേവി എല്ലാം സഹിക്കണമെന്നാണ് എന്തൊക്കെ ചെയ്താലും ഭൂമി ദൈവവശാനുഗൈഹി വിധിയാണ് നമ്മളുടെ പ്രാരബ്ധം ഓരോരുത്തരിലൂടെ വരുന്നു എന്നറിഞ്ഞ് ഭൂമിയെ പോലെ അച്ചലമായിട്ട് ഇരിക്കുകയാണ് ഇതൊക്കെ അഭ്യാസം ചെയ്യേണ്ട ഗുണങ്ങളാണ് ക്വാളിറ്റീസാണ് പലതും സംഭവിക്കും ലോകത്തില് പലരും നമ്മളെ ആക്രമിക്കും പല വിധത്തിലും നമ്മളുടെ നേരെ എറിയും കുറച്ച് കുറച്ച് കഴിയുമ്പോ നമ്മൾ പഠിക്കും തിരിച്ച് ചെയ്യും തോറും കൂടിക്കൊണ്ടേയിരിക്കും തിരിച്ച് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലോ കുറഞ്ഞില്ലാതാവുകയും ചെയ്യും അങ്ങനെയും അതിന്റെ ഒരു ബെനിഫിറ്റുണ്ട് തിരിച്ച് അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കഴിയുന്നതും പതുക്കെ പതുക്കെ പതുക്കെ നമ്മളെ ഒതുക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം അല്ലെങ്കിൽ ലോകത്തിൽ ഇതുവരെ ഒരു പ്രശ്നം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനിച്ചിട്ടേയില്ല ഒരു ആളും മറ്റൊരാളുടെ ശ്രൈഷ്ഠ്യത്തിന് സമ്മതിച്ചു കൊടുക്കുകയുമില്ല അങ്ങനെ നോക്കുമ്പോ ക്ഷമ തിക്ഷ ആത്മസാക്ഷാത്കാരത്തിന് മുഖ്യമായ ഒരു ഗുണം ശാന്തിയെ നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിലും ഈ ഗുണം വേണം അല്ലെങ്കിൽ നമ്മൾക്കെപ്പോഴും ശാന്തി നഷ്ടപ്പെട്ടു പോകും ആരെങ്കിലും നമ്മളുടെ എന്തെങ്കിലും പറയാനോ ചെയ്യാനോ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തദ് വിദ്വാന്ന ചലേത് അന്വശിക്ഷം ചിതേർ വ്രതം ഭൂമിദേവിയെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു തത്വം ഞാൻ ഭൂമിയിൽ നിന്നും പഠിച്ചു ഭൂമിയെ എന്തൊക്കെ ചെയ്താലും ഭൂമി മാറുന്നില്ല മാത്രമല്ല ഭൂമിയെ നമ്മൾ വേറെ എന്തൊക്കെ ചെയ്യുന്നു പാർട്ടീഷ്യൻ അല്ലെ അരമീറ്റർ ഭൂമി നിനക്ക് എനിക്ക് നടുവിലൊരു വേലിയും കെട്ടി വേലി തർക്കം സർവ പൃഥ്വി സകലതും ഭഗവാന്റെ ആയിരിക്കുമ്പോ ഇവിടെ നമ്മൾ ഓരോ പാർട്ടീഷ്യൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ദിവസം നമുക്ക് കാശ്മീരിൽ കാണാം രണ്ടടി അവരിങ്ങോട്ട് വന്നു രണ്ടടി അങ്ങോട്ട് പോയി എല്ലായിടത്തും ഉണ്ട് ഈ ചണ്ടാ നാട് മുഴുവനുണ്ട് വിചിത്രമായ ഈ പാർട്ടീഷൻ ലഹടാം വേലി അല്പ അൽപ്പ അല്പമായിട്ട് നീക്കിക്കൊണ്ടുവരും ആളുകൾ ഇപ്പം അതിലായതുകൊണ്ട് രക്ഷയില്ല അല്ലെങ്കിൽ വേലിയാണെങ്കിൽ പതുക്കെ തെങ്ങോ പുളിയോ മാവോ ഉണ്ട് വളച്ചൊരു കെട്ട് കിട്ടും എന്നിട്ട് അങ്ങട്ട് തർക്കം ഷണ്ട കൂടിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഭൂമിയിൽ ഇത്ര സ്ഥലം എന്റെ ഇത്ര സ്ഥലം എന്റെ എന്നൊക്കെ പറഞ്ഞ് ചണ്ട കൂടുമ്പോഴും എത്രയൊക്കെ പിരിച്ച് ഭൂമിയെ ഭാഗിച്ചാലും ഭൂമി അഖണ്ഡമാണോ ഖണ്ഡിക്കപ്പെടാതെ നിൽക്കണു അതേപോലെ യോഗിയും അയാളിൽ എന്തൊക്കെ തന്നെ ഭാഗവാക്കുകൾ ഉണ്ടായാലും എന്തൊക്കെ തന്നെ വൈകല്യങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ തന്നെ വേർപിരിവുകൾ ഉണ്ടായാലും അവൻ അഖണ്ഡമായി നിൽക്കും എന്തൊക്കെ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടായാലും അവൻ ഖണ്ഡിക്കപ്പെടാതെ നിൽക്കും യാതൊന്നും അവനെ ബാധിക്കില്ല തദ്വിദ്വാൻ തലേൻ മാർഗാദേശ ഭൂമിയുടെ തന്നെ മറ്റൊരു ഭാഗമാണ് പർവ്വതം വൃക്ഷങ്ങൾ അതിൽ പർവ്വതത്തിൽ നിന്ന് എന്ത് പഠിച്ചു ശശ്വത് പരാർത്ഥ സർവേഹം പരാർത്ഥൈകാന്ത സംഭവ സാധു ശിക്ഷേത ഭൂവൃത്ത നഗശിഷ്യ പരാത്മതാം പർവ്വതങ്ങളിൽ ഉണ്ടാവുന്ന ധാതുക്കളും പർവ്വതത്തിലുണ്ടാകുന്നതും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി പർവ്വതത്തിൽ നിന്ന് ബേസിക് ആയിട്ട് ഒരു കാര്യം പഠിക്കാം ചലിക്കാതെ നിൽക്കണമല്ലേ പർവ്വതം അതേപോലെ നമ്മളുടെ ആത്മസാക്ഷാത്കാര ആത്മനിഷ്ഠ ഭഗവത്ധ്യാനവും ചലനമില്ലാതെ അച്ചലമായിരിക്കും ദൃഢം പിന്നെ പരാർത്ഥ സർവേഹ പർവതം അതിനുവേണ്ടിയിട്ടല്ല പർവ്വതത്തിലുള്ള സകലധാതുക്കളും സകലതും ലോകമംഗളത്തിനായിട്ട് എന്ന യോഗിയുടെ ശരീരവും ലോകമംഗളത്തിനായിട്ട് യോഗിയുടെ അറിവും ലോകമംഗളത്തിനായിട്ട് യോഗിയുടെ ജ്ഞാനവും ലോകമംഗളത്തിനായിട്ട് തന്റേതെന്ന് പറഞ്ഞ ഒന്നുമില്ല പരോപകാരാർത്ഥം ഇതം ശരീരം എന്നുവെച്ചാൽ സോഷ്യൽ സർവീസ് ചെയ്തുകൊണ്ട് നടക്കും എന്നർത്ഥമാണോ അങ്ങനെയല്ല അയാളിലൂടെ നാച്ചുറൽ ആയിട്ട് ലോകമംഗളം നടക്കും അയാൾ അതിനെക്കുറിച്ച് കൺസേണ്ടേ അല്ല ഈ ശരീരം ജഗത്തിന് മുഴുവൻ പ്രകൃതിയുമായി അഭേദമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നമ്മളുടെ ദേഹം അപ്പോ പ്രകൃതിയുടെ വസ്തുവിനെ പ്രകൃതിക്ക് കൊടുക്കുക എന്നുള്ള തത്വം അതിൽ നിന്ന് പഠിച്ചു പ്രകൃതിയുടെ വസ്തുവിനെ പ്രകൃതിക്ക് കൊടുത്താൽ ഞാൻ എന്താവും ഞാൻ ആരുടെ വസ്തുവോ അയാൾക്ക് ചേരും ഞാൻ ആരുടെ വസ്തുവാണ് പരമാത്മാവിന്റെ അഭേദബന്ധം അവിടെ ആൾ പ്രകൃതിയുടെ ബന്ധത്തിന് പ്രകൃതിയെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ സ്വതന്ത്രനായിട്ട് തീരും പ്രാണവൃത്തിയൈവ സന്തുഷ്യേത് മുനി നൈവേന്ദ്രിയ പ്രിയൈ ജ്ഞാനം യഥാനനശ്യേത നാവകീര്യേതവാങ്മനഹാം വിഷയെ ഇനി വായുവാണ് അടുത്തത് വൃക്ഷങ്ങളിൽ നിന്നും പഠിച്ചതെന്താ വൃക്ഷങ്ങള് ആദ്യത്തെ വൃക്ഷങ്ങളുടെ തത്വം എന്താ വൃക്ഷങ്ങളിലും ഉദാഹരണത്തിന് വാഴ എടുക്കാം വാഴയിലെ എല്ലാം നമ്മൾ ഉപയോഗിക്കും വാഴയുടെ കായ ഉപയോഗിക്കും വാഴയുടെ ഇല ഉപയോഗിക്കും വാഴയുടെ പൂ ഉപയോഗിക്കും നമ്മുടെ മഹർഷി പറയും വാഴയുടെ പൂവിൽ ഉള്ള ആ ഉള്ളിലുള്ള ഭാഗം ചുരണ്ടിയെടുത്ത ആ നെയ് വളരെ ആരോഗ്യത്തിന് നല്ലതാണ് അതിന്റെ പൂ ഉപയോഗിക്കും ആഴ തണ്ട് ഉപയോഗിക്കും എല്ലാം ഉപയോഗിക്കും ഇതുപോലെ വൃക്ഷങ്ങൾ ഒരു നാളികേരം അല്പം വെള്ളമൊഴിച്ചു കൊടുത്താൽ തെങ്ങ് നാളികേരമായിട്ട് തേങ്ങയായിട്ട് വന്നിട്ട് മധുരമായ വെള്ളം തരുന്നു ഇങ്ങനെ ശരീരം സമൂഹത്തിനെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഈ ശരീരം സമൂഹം കൊണ്ട് പോഷിക്കപ്പെട്ടതാണ് സമൂഹത്തിൽ നിന്നുള്ള ഫുഡിൽ നിന്നും ജീവിച്ചതാണ് അപ്പൊ ഈ അത് നാച്ചുറൽ ആയിട്ട് സമൂഹത്തിന് ലോകത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടുന്നു പരാത്മതാം ലോകമംഗലത്തിനായിക്കൊണ്ടത് ജീവിക്കുന്നു അടുത്തത് ആദ്യം ഭൂമി ഭൂമിയുടെ ക്വാളിറ്റി എന്താ ഗന്ധം ഗന്ധവതി പൃഥ്വി രണ്ടാമത്തത് വായു ൃത്തി സന്തുഷ്യേത് മുനിഹി നൈവേന്ദ്രിയ പ്രിയൈ ജ്ഞാനം യഥാൻ അനശ്യേതാൻ വാങ് മനഹം നമ്മളുടെ ഉള്ളിൽ പ്രാണനുണ്ട് ഈ പ്രാണന് അന്നം വേണം ഫുഡ് ആഹാരം ആഹാരം കഴിക്കണം ചിലരൊക്കെ ഒരു ആഹാരം കൊണ്ട് ആരോഗ്യമായി തപസ് ചെയ്യാനുള്ള പ്രാണശക്തി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അവര് യോഗി നമ്മളെ അത്യാവശ്യ രണ്ട് നേരം ആഹാരം കഴിക്കുന്നു ഭോഗികൾ വേറെ ചില ആളുകളുണ്ട് മൂന്ന് നേരം ആഹാരം കഴിക്കുന്നവരുണ്ട് രോഗികൾ രോഗത്തിന് കാരണം ചിലര് നാലു നേരമോ അഞ്ചു നേരമോ കഴിക്കുന്ന ദ്രോഹി ർക്കും ദ്രോഹം ആഹാരത്തിന് ഇവിടെ പറഞ്ഞു പ്രാണവൃത്തി ഇവ സന്തുഷ്ടിയത് പ്രാണൻ നിലനിൽക്കാനായിട്ട് ആഹാരം കഴിക്കാറ് പ്രാണൻ നിലനിർത്താനായിട്ടാണ് ഫുഡ് ആഹാരം പ്രാണൻ ആഹാരത്തിനെ ആശ്രയിച്ചിരിക്കുന്നു ചില യോഗികൾ പറഞ്ഞു ആഹാരം ഇല്ലെങ്കിലും പ്രാണൻ നിലനിൽക്കും സൂര്യപ്രകാശം കൊണ്ടിരിക്കാം എന്നൊക്കെ ഉള്ള സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട് ഏതായാലും നമുക്ക് അതിപ്പോ സിദ്ധി കൂടാനിപ്പോ കാലമായിട്ടില്ല നമുക്കിപ്പൊ അതിനുള്ള വയ്യ ഏതായാലും പ്രാണവൃത്തിയ സന്തുഷ്ടിയത്ത് പ്രാണന് കൂടുതൽ ആഹാരം കൊടുത്തു കഴിഞ്ഞാലും എന്താവും അഗ്നിയിൽ കുറച്ചു കുറച്ചായിട്ടിട്ടാൽ അഗ്നി നല്ലവണ്ണം കത്തും ഒരേ അടിക്ക് ചിലപ്പോ അഗ്നിയിൽ വന്നു കൊണ്ടിട്ട് അഗ്നി കെട്ടുപോകും അതുപോലെ നമ്മളുടെ ജാടരാഗ്നിയും ചിലപ്പോ ബാധിക്കപ്പെടും നമ്മളുടെ അകത്തുള്ള പ്രാണനും ചിലപ്പോ ഓവറായിട്ട് വയർ നിറച്ച് ആഹാരം കഴിച്ച് പ്രാണായാമം ചെയ്യാൻ പറ്റുമോ പ്രാണന് പ്രാണൻ നെഞ്ചി വരേ പോളൂ വയറിലേക്കൊന്നും എന്താ നോ സ്പേസ് ഹൗ ടു മൂവ് സ്പേസേ ഇല്ല ഉള്ളിലേക്ക് നമുക്ക് പിന്നെന്താ ആഹാരം കഴിച്ച് കഴിച്ച് വയറെങ്ങനെ കുംഭം നിറച്ച് അതെങ്ങനെ വലുതാവണോ അതാണ് ഇപ്പൊ ആകപ്പാട പ്രയോജനം ആഹാരം ധാരാളം കഴിച്ചിട്ട് നമുക്കിപ്പോ ഉണ്ടാവണം പ്രയോജനം അതാണ് ഡൈനിംഗ് ടേബിളേ വേണ്ട അതിന് മേലെ കയറ്റിവെക്കാം ഇവിടെ പറഞ്ഞു പ്രാണനെ പ്രാണൻ എന്ന് വെച്ചാൽ മാത്രമല്ല അഞ്ചു വിധത്തിൽ പ്രാണവായു അകമയ്ക്ക് ചെല്ലുന്നുണ്ട് ഹൃദ ഗുദേ അപാനഹ സമാനോ നാഭിമണ്ഡലെ ഉദാന കണ്ഠദേശസ്ഥ വ്യാന സർവശരീര ഹൃദയത്തിൽ പ്രാണൻ പുറമേക്ക് തള്ളിക്കളയുന്നത് അപാനൻ വയറ്റിൽ സമീകരണം ചെയ്യുന്നത് സമാനൻ കണ്ഠത്തിൽ അവസാനം ജീവനെ കൊണ്ടുപോകുന്നത് ഉദാനൻ ശരീരം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നത് വ്യാനം മാത്രമല്ല നമ്മളുടെ ഉള്ളിലുള്ള എനർജി ഊർജം മനസ്സിന്റെ സ്ഥൂല രൂപം പ്രാണൻ സൂക്ഷ്മരൂപം മനസ്സ് എല്ലാം ഒന്ന് തന്നെ വസ്തു ഒന്ന് തന്നെ അവസാനം നോക്കിയാൽ ഒക്കെ ബ്രഹ്മം ഒരേ വസ്തു ഒരേ സത്യം അത് തന്നെ മനസ്സായിട്ടും പ്രാണനായിട്ടും ശരീരമായിട്ടും ഒക്കെ പിരിഞ്ഞു നിൽക്കും എനർജി ഇപ്പൊ സ്ഥൂലതലം ജഡം ജഡത്തിന്റെ പുറകെയുള്ള തലം എനർജി പ്രാണൻ പ്രാണന്റെ സൂക്ഷ്മതലം ചിത്തം ചിത്തത്തിന്റെ സൂക്ഷ്മതലം ചിത്ത് അപ്പൊ പ്രാണന് അനേക വിധത്തിലുള്ള പ്രാണായാമം ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു ചിലരൊക്കെ ആഹാര നിയന്ത്രണം കൊണ്ട് തന്നെ ചെയ്യുന്നു എന്നാണ് അപ്പരേ നിയതാഹാരാഹ പ്രാണാൻ പ്രാണേഷു ജുഹതി എനിക്കെന്തോ തോന്നുന്നു മോസ്റ്റ് നാച്ചുറൽ പ്രാണായാമം നമ്മള് അകമയ്ക്ക് കഴിക്കുന്ന ആഹാരം പതുക്കെ പതുക്കെ പതുക്കെങ്കിലും അല്പം ഒന്നും താളത്തിൽ വന്നു കിട്ടിയാൽ വേണ്ടില്ല അത്ര വിചാരിക്കണ പോലെ എളുപ്പമല്ല ഈ മാസത്തിലൊരു ഏകാദശി ഒന്നും കാര്യം രക്ഷപ്പെടുത്തുന്നില്ല എന്താണെന്ന് വെച്ചാൽ അതൊന്നാമത് അതിനെ ചിന്തിക്കണം പിന്നെ ആ ഏകാദശിക്കിരിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം നല്ലവണ്ണം വീക്കും ദൈനംദിന ആഹാരം ഡെയിലി ഫുഡ് തന്നെ ഒരു താളത്തിൽ വരണവരെ കാണുമ്പോ ചിലപ്പോ അസൂയ തോന്നും അതുപോലെ ശരീരത്തിനൊരു താളം കിട്ടിയാൽ ഈ ജീവൻ രക്ഷപ്പെട്ടു അത് പ്രത്യേകിച്ചൊരു മുനി പ്രാണവൃത്തി ഇവ സന്തുഷ്ടിയേറ്റും ഒരു മുനി പ്രാണവൃത്തിക്ക് വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കാം എന്ന ഇന്ദ്രിയപ്രിയ ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടിയല്ലാന്ന് അതുകൊണ്ട് സന്യാസികളൊക്കെ എന്ത് ചെയ്യും ഭിക്ഷ എടുത്തിട്ട് ഏഴ് ആറ് അഞ്ചു വീട്ടിലോ ഏഴ് വീട്ടിലോ ഒക്കെ ഭിക്ഷ എടുത്തിട്ട് ഓരോ സമ്പ്രദായം അനുസരിച്ച് ആ ഭിക്ഷാന് മുഴുവൻ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കും ഇന്ദ്രാന്ന് വെച്ചാൽ രുചിയൊക്കെ ഒന്നാവാനായിട്ട് വേറെന്നറിയാനാണ് ഭക്ഷണം രുചിക്കല്ല അപ്പൊ സ്വാമി അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഭഗവാൻ എന്തിനാ ഈ നാവ് വെച്ചതെന്ന് നാവ് രുചി നോക്കാനൊന്നുമല്ല ഇത് തിന്നാനുള്ള ഭക്ഷണമാണ് എന്നൊരു ഇൻഡിക്കേഷൻ മാത്രമാണ് നാവ് അല്ലെങ്കിൽ നമ്മൾ കൈ കിട്ടിയതൊക്കെ എടുത്തിപ്പോ വായിലിട്ടാലോ ആണി സ്ക്രൂവ് നട്ട് ബോൾട്ടൊക്കെ എടുത്ത് വായലിട്ടാലോ ഇൻഡിക്കേറ്ററാണ് നാവ് അപ്പൊ നൈവ ഇന്ദ്രിയപ്രിയ അങ്ങനെ ആഹാര നിയന്ത്രണം കൊണ്ട് തന്നെ പ്രാ പ്രാണൻ ആഹാരമേ കഴിച്ചിട്ടില്ലെങ്കിലോ പ്രാണൻ ആയിട്ട് ഒന്നും ഇല്ലാതെ പോയാലും ജ്ഞാനം നിൽക്കില്ല ധ്യാനം നിൽക്കില്ല സമാധി സുഖം അനുഭവിക്കാൻ പറ്റില്ല അപ്പോ ജ്ഞാനം യഥാ നശ്യേത ന അവകീര്യേത വാങ്മനഹ ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ ബലമില്ലാതെ ഒന്നിനും കൊള്ളാതെയും പോകരുത് അതുകൊണ്ട് ഉപനിഷത്തിൽ ഈ പ്രാണ ഉപാഖ്യാനം പറയുന്നിടത്തൊരു കഥയുണ്ട് ബ്രഹ്മചാരി വന്നിട്ട് ഒരു വീട്ടിന് മുമ്പിൽ ഭിക്ഷ ചോദിക്കുന്നു അപ്പൊ ബ്രഹ്മചാരി പറയണത് എനിക്ക് ഭിക്ഷ തരൂ എന്നല്ല പറയണത് പ്രാണൻ ഇതാ നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു പ്രാണന് ഭിക്ഷതരൂ പ്രാണനാണ് ഭിക്ഷ ചോദിക്കുന്നത് അപ്പോ ഭക്ഷണം കൊടുത്താൽ പ്രാണന് ബലം ഉണ്ടാകും ജ്ഞാനം സ്വരൂപജ്ഞാനത്തിനെയും ശരീരമുള്ളത്തോളം രക്ഷിക്കാനായിട്ട് ആഹാരം കഴിക്കണം ജീവൻ മുക്തിയെ രക്ഷിക്കാനായിട്ടും ആഹാരം കഴിക്കണം ശരീരമുള്ളത്തോളം ശരീരത്തിന് രക്ഷിക്കാനായി ഒരു ഭക്ഷണം അപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിക്കാം ജ്ഞാനം നിഷ്ഠയുണ്ടായ ആൾക്ക് എന്തെങ്കിലും കിട്ടുന്ന ഭക്ഷണം എവിടെയെങ്കിലും കിട്ടുന്ന ഭക്ഷണം അത് രുചിയൊന്നും നൽകാതെ ഇന്ദ്രിയത്തിന് വേണ്ടി പ്രാമുഖ്യം കൊടുക്കാതെ അത് കഴിക്കുകയാണെങ്കിൽ പ്രാണൻ നിൽക്കും അത് വായുവിനെ സംബന്ധിച്ച ഒരു കാര്യം അതിനോട് ചേർന്ന് മറ്റൊരു കാര്യം പറഞ്ഞു सर्वत्र പുറമേക്ക് വ്യാപിച്ചു നിൽക്കുന്ന വായു ഉണ്ടല്ലോ ആ വായുവിൽ നിന്നും ഒരു തത്വം പഠിച്ചു എന്നാണ് വായു എല്ലായിടത്തും വീശു നി സത്സംഗത്തിലും വീശും അശുദ്ധമായ ദുർഗന്ധപൂർണമായ ഒരു സ്ഥലത്ത് വീശും സുഗന്ധമുള്ള സ്ഥലത്ത് കൂടെ വീശും പക്ഷെ വായു സുഗന്ധമോ ദുർഗന്ധമോ കലർന്നതല്ല യാതൊന്നുകൊണ്ടും പ്രാണ വായു സ്പർശിക്കപ്പെടുന്നില്ല അതേപോലെ യോഗിയും എസ്പെഷ്യലി ഒരു അവധൂതനും ലോകത്തിലെല്ലായിടത്തും സഞ്ചരിക്കുന്നു നല്ല ആളുകളുടെ കൂടെ കൂടും ചീത്ത ആളുകളുടെ കൂടെ കൂടും പല ആളുകളുമായിട്ടുള്ള സമ്പർക്കത്തിൽ വരും സാധാരണ നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോൾ എന്താവും അവരുടെ സ്വഭാവം അപ്പപ്പോ നമ്മളുടെ മേലെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ഞാൻ ഈ കണ്ണാടി പോലെയാണെന്നാണ് കണ്ണാടിയുടെ മുമ്പിൽ ഒരാൾ നിന്നാ ക്ലീനായി പ്രതിബിംബിക്കും പക്ഷെ അയാൾ അവിടുന്ന് പോയാൽ കണ്ണാടിയോട് ആരാൾ നിന്നത് കണ്ണാടിക്ക് ഒന്നും അറിയില്ല ഒരു മാർക്ക് പോലും ഉണ്ടാവില്ല അതേപോലെ ലോകത്തിൽ എല്ലാത്തിനോടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നാനാ ധർമ്മേഷു സർവത പല ആളുകളും പല വസ്തുക്കളുമായി ബന്ധപ്പെടുന്നു ഗുണദോഷ ന വിഷജേത വായുവത്തിൽ വായുവിനെ പോലെ എല്ലായിടത്തും സഞ്ചരിച്ച് ഒന്നിനോടും പറ്റിപ്പിടിക്കാതെ യാതൊന്നിനോടും ഒട്ടിപ്പിടിക്കാതെ സമ്പർക്കമില്ലാതെ അതാണ് അസ്പർശ ലോകത്തിൽ പല ആളുകളുമായിട്ടും ഈ സന്യാസികൾ പലയിടത്തും സഞ്ചരിക്കും പക്ഷെ ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ലെറ്റർ ഇടലില്ല ഒരു ഫോൺ ചെയ്യലില്ല പിന്നെ കണ്ട ഭാവമില്ല ഇതാണ്ത്ര ഇവരുടെ സ്വഭാവം എന്തിനാ യാതൊന്നും സ്പർശമില്ല ഒട്ടിപ്പിടിക്കലില്ല എന്റെ പിന്നീട് ഒരു ബന്ധം പുലർത്തലില്ല ആശിഷ്ണ ഒരിടത്ത് പറയുന്നുണ്ട് പതിനായിരം വർഷം ഒരു ജീവൻ മുക്തന്റെ കൂടെ ഇരുന്നാലും അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ ഒരു സ്കാർ ഒരു മാർക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല എന്ന് അതാണോ ഞാനിയുടെ യാതൊന്നും ഉള്ളിൽ ഇംപ്രഷൻസ് എടുക്കണില്ല ഇംപ്രഷൻസ് ഒന്നും എടുത്തു ഉള്ളിൽ നിൽക്കില്ല അരുണാചല അഷ്ടകത്തിൽ രമണ മഹർഷി പറഞ്ഞു അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു സാധാരണ നമ്മളുടെ മനസ്സ് ഫോട്ടോ വിളിക്കുന്ന ക്യാമറ പോലെയാണ് അല്ലെങ്കിൽ സിനിമ എടുക്കുന്ന വീഡിയോ പോലെയാണ് കാണുന്നതിനെയൊക്കെ പിടിച്ചു പിടിച്ചു പിടിച്ചു ഉള്ളിൽ വയ്ക്കും ഫിലിമായിട്ട് എന്നിട്ട് ഉള്ളിൽ കണ്ടുകൊണ്ടേയിരിക്കും പിന്നെ റീപ്ലേ അതുപോലെയാണ് നമ്മളുടെ സാധാരണ മനസ്സ് പക്ഷെ യോഗിയുടെ മനസ്സിൽ ഒന്നും റീപ്ലേ ഇടാൻ പറ്റില്ല എന്നാണ് എന്താന്ന് വെച്ചാൽ അരുണാചൽ അഷ്ടക്കത്തിൽ അതിന് മഹർഷി പറഞ്ഞു ഫിലിം പിടിച്ചു ആ ഫിലിം സൂര്യ വെളിച്ചത്തിന് എക്സ്പോസ് ചെയ്താൽ എന്താവും ഒന്നും രൂപം രൂപമൊന്നും പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല അതേപോലെ യോഗിയുടെ ഉള്ളിൽ സദാ ആത്മാനുഭൂതിയാകുന്ന സൂര്യന്റെ വെളിച്ചം തട്ടിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഒരു നെഗറ്റീവും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല അവിടെ നെഗറ്റീവേ ഉണ്ടാവില്ല ഉള്ളിൽ പുറമേക്കുള്ള ഒരു രൂപവും ഉള്ളിൽ ഇമ്പ്രഷൻ ഉണ്ടാക്കി അവിടെ നിൽക്കാൻ പറ്റില്ല എന്താ ഈ വെളിച്ചം അടിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ഈ നെഗറ്റീവ്സ് ഒക്കെ അപ്പപ്പോ ഡിസപ്പിയറാവും ഫിലിംസ് ഒക്കെ അപ്പപ്പോ ഡിസപ്പിയർ ആവും യാതൊന്നും അവിടെ പിടിച്ചു നിർത്തില്ല ലോകത്തിൽ എല്ലാരുമായി സമ്പർക്കപ്പെടുന്നു എല്ലാരുമായി സംബന്ധപ്പെടുന്നു എല്ലാവരുടെ നടുവിൽ നിൽക്കുന്നു എല്ലാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും വിഷയേഷു ആഭിഷൻ യോഗി നാനാധർമ്മേഷു ജീവൻ മുക്താൻ എന്താ സ്വാമി പറയുന്നു ജീവൻ മുക്തൻ എങ്ങനെ ഉണ്ടാവും എന്നാണ് ഗണപതിയെ പൂജിക്കുന്ന ആളുകളുടെ കൂടെ ചിലപ്പോ കൂടുവത്രെ എന്നിട്ട് അവരുടെ കൂടെ ഗണപതിയെ പൂജിക്കും ഗണപതി ഭക്തനായിട്ട് തന്നെ മുരുകനെ പൂജിക്കുന്ന ആളുടെ കൂടെ കൂടി മുരുകനെ പൂജിക്കും വിഷ്ണുഭക്തന്മാരുടെ കൂടെ കൂടി വിഷ്ണുവിനെ പൂജിക്കും ശിവഭക്തന്മാരുടെ കൂടെ കൂടി ശിവഭക് ശിവനെ പൂജിക്കും ലൗകിക വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ കൂടി അവരെ ഒരാളെ പോലെ നേരം നടന്നു വരും ചെറിയ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുട്ടികളുടെ കൂടെ പോയി കുറേ നേരം കുട്ടികളുടെ കൂടെ കളിക്കും എന്തൊക്കെ തന്നെ ചെയ്താലും വീണ്ടും ഇയാളിൽ അജ്ഞാനം ബാധിക്കില്ല ഗുരുവിന്റെ കൃപ കൊണ്ട് ജ്ഞാനമുണ്ടായി സ്വരൂപനിഷ്ഠനായ യോഗിയെ യാതൊന്നും സ്പർശിക്കില്ല എല്ലാവരുടെ കൂടെ ഇരിക്കുന്നു എല്ലാ വേഷവും കെട്ടുന്നു എല്ലാ വേഷവും കെട്ടിയിട്ടും ഇവനെ ഗുണമോ ദോഷമോ നല്ലതോ ചീത്തയോ ഒന്നും ബാധിക്കുന്നില്ല എന്നാണ് ഗുണദോഷ വ്യഭേതാത്മാ ന വിഷജേത പോലെ സഞ്ചരിക്കും പല വേഷം കെട്ടുന്നു പല ആളുകളുടെ കൂടെ നിൽക്കുന്നു പല ഭാവങ്ങളിലും ഇരിക്കുന്നു ആരോ ഒരു കഥ പറഞ്ഞു അത് വാസ്തവത്തിലുള്ള കഥയൊന്നുമല്ല ശങ്കരവിജയത്തിലൊന്നുമില്ല ഉണ്ടാക്കിയ ഒരു കഥയാണത് ശങ്കരാചാര്യരും ഇവിടെ ഒരാൾ വാദിച്ചു എല്ലാം ബ്രഹ്മം എങ്ങനെ പറയാൻ പറ്റും എന്നൊക്കെ അപ്പോ അത് കഴിഞ്ഞ് ശങ്കരാചാര്യ ഇയാളും കൂടെ വേറൊരു സമ്പ്രദായത്തിൽപ്പെട്ട ഒരാള് അയാളും കൂടെ പോവാണ് തോന്നുന്നു ഒരിടത്ത് എത്തിയപ്പോ രണ്ടുപേർക്കും വളരെ ദാഹിച്ചു എന്നാണ് ദാഹിച്ചപ്പോ അവിടെ കള്ളു ചെത്തി വിൽക്കണം ഒരു കടയാത്ര അപ്പൊ ആചാര്യസ്വാമി പറഞ്ഞു എനിക്ക് വളരെ ദാഹിക്കണം ഇത് കുറച്ചെടുത്ത് കുടിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടു മൂന്ന് കപ്പ് എടുത്ത് കുടിച്ചു എന്നാണ് നീ കൂടെ പോകുന്ന നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങൾക്കിപ്പോ കുടിക്കാമെങ്കിൽ എനിക്ക് കുടിച്ചാൽ അയാളും എടുത്ത് കുടിച്ചു അപ്പൊ ആചാര്യർ പറഞ്ഞു അത്ര നീ കുടിക്കണമെങ്കിൽ നിനക്ക് യാതൊന്നും ബാധിക്കാത്ത സ്ഥിതിയിൽ ഇരിക്കുകയാണെങ്കിൽ കുടിച്ചോളൂ നിങ്ങൾക്ക് ബാധിക്കില്ലെങ്കിൽ എനിക്കും ബാധിക്കില്ലാന്നു ശരി കുടിച്ചോളൂ അവര് കുറച്ചു ദൂരം പോയി എന്നാണ് ദൂരം പോയപ്പോ പിന്നെയും ദാഹമായി അപ്പൊ അവിടെ ഇരുമ്പ് ഉരുക്കി വെച്ചിരിക്കുന്ന ആലയാണ് ഇരുമ്പ് ലിക്വിഡ് ഫോമിൽ ഇരിക്കുകയാണ് അവിടെ ചെന്ന ഒരു പാത്രത്തിൽ അതെടുത്തിട്ട് കുടിച്ചു അത്ര ശങ്കരാചാര്യം നീ അയ്യോ ഇത് പറ്റില്ല ഇങ്ങനെ ഒരു കഥയുണ്ട് അതായത് അതീതന്മാരായിട്ടുള്ളവര് ഏതിന്റെ നടുവിൽ പോയി എന്ത് വേണമെങ്കിലും എന്തൊക്കെയോ ചെയ്യും പക്ഷെ അവരൊന്നും ഒട്ടിപ്പിടിക്കില്ല ശ്രീകൃഷ്ണ ഭഗവാൻ രാസക്രീഡ ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാരും ചെയ്യാൻ പുറപ്പെട്ടാലോ പരീക്ഷിച്ചു പറഞ്ഞു എന്താ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചു കൃഷ്ണൻ ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാരും ചെയ്യാൻ പുറപ്പെട്ടാൽ യഥാ രുദ്രഹ അബ്ദിജം വിഷം കൃഷ്ണൻ ചെയ്യണത് വേണമെങ്കിൽ ചെയ്യാൻ തോന്നിയിരിക്കാം പക്ഷെ വേറെ ഒരാൾ ചെയ്തതും കൂടെ ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ എന്ന് ആരാ ശിവൻ ആ ഹലാഹല വിഷത്തിനെ കയ്യിലെടുത്ത് കുടിച്ചു അതേപോലെ കുടിക്കുകയാണെങ്കിൽ ഇതും ചെയ്തോളൂ ഏത് വിഷയങ്ങളുടെ നടുവിലിരുന്നും സമ്പർക്കമില്ലാതെ സ്പർശമില്ലാതെ ഇരിക്കുന്ന അതിമാനുഷരായിട്ടുള്ള ആളുകൾ പലതും ചെയ്യും യാതൊന്നും സമ്പർക്കം വരില്ല നമ്മൾ ആ സ്ഥിതിയിലേക്ക് വരണം എന്നുവെച്ചാൽ എന്തും ചെയ്യാം എന്നുള്ള സ്ഥിതിയിലേക്കല്ല ഒന്നും സ്പർശിക്കാത്ത സ്ഥിതിയിലേക്ക് എന്തും ചെയ്യാം എന്നുള്ളതിന് പ്രാമുഖ്യം കൊടുക്കരുത് ഒന്നും സ്പർശിക്കാത്ത സ്ഥിതി എന്തും ചെയ്യാം എന്നുള്ളതല്ല മുഖ്യം ഒന്നും സ്പർശിക്കില്ല എന്നുള്ളതാണ് മുഖ്യം എന്തൊക്കെ കാരണം ഈ ലോകത്തിൽ ഗുണദോഷ മിശ്രമാണ് ലോകം ഇവിടെ എല്ലാം ശുദ്ധമാക്കിയിട്ട് നമുക്കിപ്പോ ജീവിക്കാൻ പറ്റില്ല പക്ഷെ ഈ എല്ലാ അതു അത് സ്പർശിക്കാത്തൊരു സ്ഥിതി നേടിയെടുത്ത് ലോകത്തിൽ പലയിടത്തും നമ്മൾ സഞ്ചരിക്കുമ്പോഴും ന വിഷഡ്ജേത വായുവത് പോലെ ഒന്നും സ്പർശിക്കപ്പെടാതെ പല അശുദ്ധികളുടെ നടുവിലിരുന്നിട്ടും അശുദ്ധി ഒന്നും സ്പർശിക്കപ്പെടാതെ വായുവിനെ പോലെ സഞ്ചരിക്കാൻ കഴിയണം പാർത്ഥിവേഷു ഇഹദേഹേഷു പ്രവിഷ്ടദ് ഗുണാശ്രയ ഗുണയിന്ന് യുജ്യത യോഗി ഗന്ധൈ വായുരിവ ആത്മതൃക് ചിലപ്പോ വായുവിൽ സുഗന്ധം ഉണ്ടാവും മുല്ലപ്പൂത്ത് നിൽക്കുകയാണെങ്കിൽ മുല്ലപ്പൂവിന്റെ സുഗന്ധം വായുവിൽ വരും വായുവിന്റെ സുഗന്ധമാണെന്നാരെങ്കിലും പറയോ വായുവിന് സുഗന്ധം ദുർഗന്ധമൊന്നുമില്ല മുല്ലയുടെ സുഗന്ധം പരാഗം വായുവിൽ വരുന്നത് വായുവിൽ മണം തോന്നുന്നു വായുവിന് യാതൊരു സ്പർശമല്ല ചിലപ്പോ ദുർഗന്ധം വരും ദുർഗന്ധവും വായുവിന്റെ അല്ല അതെയുണ്ടോ ഗട്ടറിനടുത്തുകൂടെ വന്നിരിക്കണം ദുർഗന്ധവും സുഗന്ധവും വായുവിലില്ല അതേപോലെ ഈ ശരീരം പാർത്ഥിവേഷുഹ ദേഹേഷു പ്രവിഷ്ട നമ്മളുടെ ശരീരത്തിനകത്ത് പ്രാണവായുവും പ്രവേശിച്ചിരിക്കുന്നു ശരീരത്തിനകത്ത് സ്വരൂപമുണ്ട് പക്ഷെ ആ സ്വരൂപം ശരീരവുമായി സമ്പർക്കമില്ലാതെ നിൽക്കുന്നു ശരീരം സ്ത്രീ ശരീരമായിരിക്കാം പുരുഷ ശരീരമായിരിക്കാം നല്ല ആളുടെ ശരീരമായിരിക്കാം ചീത്ത ശരീരം ഒരു ശരീരത്തിനും ആ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന വസ്തുവുമായിട്ട് ബന്ധമില്ല വായുവിനെ പോലെ വായുവിന് ആ ഫ്രാഗ്രൻസുമായിട്ടോ അല്ലെങ്കിൽ ദുർഗന്ധമായിട്ടോ ബന്ധമില്ലാത്തതുപോലെ ഈ അകമയക്കുള്ള ബോധത്തിന് സ്വരൂപത്തിന് ഞാൻ എന്നുള്ള അനുഭവം ആ അനുഭവത്തിന് ശരീരവുമായി സമ്പർക്കമില്ല ഒരു സ്ഫടികത്തിന്റെ മുമ്പിൽ ചുവന്ന പൂ വെച്ചാൽ സ്ഫടികം ചുവന്നു കാണും സ്ഫടികത്തിന്റെ മുമ്പിൽ പച്ച പൂ വെച്ചാൽ സ്ഫടികം പച്ചയായിട്ട് തോന്നും സ്ഫടികത്തിന് മുമ്പിൽ നീല തുണി വെച്ചാൽ സ്ഫടികം നീലയായിട്ട് തോന്നും പക്ഷെ സ്ഫടികത്തിന് പച്ച നീല ചുവപ്പ് ഒരു കളറുമില്ല അതേപോലെ ശുദ്ധമായ പ്രജ്ഞ നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം അത് മനുഷ്യ ശരീരത്തിലിരിക്കുമ്പോൾ ഞാൻ മനുഷ്യൻ എന്ന് പറയുന്നു സ്ത്രീ ശരീരത്തിലിരിക്കുമ്പോ ഞാൻ സ്ത്രീ എന്ന് പറയുന്നു പുരുഷ ശരീരത്തിലിരിക്കുമ്പോൾ ഞാൻ പുരുഷൻ എന്ന് പറയുന്നു കോപം വരുമ്പോ കോപി എന്ന് പറയുന്നു കാമം വരുമ്പോ കാമി എന്ന് പറയുന്നു പ്രേമം വരുമ്പോ പ്രേമി എന്ന് പറയുന്നു പക്ഷേ ഈ പ്രേമി ഗാമി ഗോപി ഒന്നും ഈ ആത്മാവിൽ സ്പർശമല്ല അത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്ന സ്ഫൂർത്തിയാണ് എങ്ങനെ വായുവിനെ പോലെ വായു സുഗന്ധ ദുർഗന്ധങ്ങൾ കൊണ്ട് സ്പർശിക്കപ്പെടാത്തതുപോലെ ഈ ആത്മാവും ശരീരത്തിന്റെ ഗുണദോഷങ്ങൾ കൊണ്ട് സ്പർശിക്കപ്പെടുന്നില്ല എന്നറിയുന്ന യോഗി തന്നിലും അസ്പൃഷ്ടനായിരിക്കും മറ്റുള്ളവരിലും കുറ്റം കാണില്ല രണ്ടുകൊണ്ട് തന്നിലും അസ്പൃഷ്ടനായിരിക്കും താൻ ഗുണദോഷങ്ങൾ കൊണ്ട് സ്പർശിക്കപ്പെടാത്തതാണെന്ന് അറിയുമ്പോ മറ്റുള്ളവരും അതേപോലെയാണ് മറ്റുള്ളവരുടെ ശരീരവും എന്തൊക്കെയോ ചെയ്യുന്നു അവരുടെ മനസ്സ് എന്തൊക്കെയോ ചിന്തിക്കുന്നു പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആ അവബോധം അതുകൊണ്ട് ബാധിക്കപ്പെടാത്ത വസ്തുവാണ് എന്നുള്ളത് സ്വാനുഭവ ചുസ്സുകൊണ്ട് കണ്ടുകൊണ്ടേയിരിക്കും അപ്പോ ഗുണീർണയുജ്യത യോഗി സത്വഗുണം കൊണ്ടോ രജോ കൊണ്ടോ തമോ കൊണ്ടോ യോഗി ചലിക്കപ്പെടില്ല സാധാരണ നമ്മുടെ ഈ മൂന്ന് ഗുണവും ബാധിക്കും സത്വഗുണമുള്ളപ്പോ നല്ല ധ്യാന സുഖം വരും ഭക്തി വരും രജോഗുണമുള്ളപ്പോ കാമം കോപമൊക്കെ തോന്നും എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കണം തോന്നും തമോ ഗുണമുള്ളപ്പോ ഉറക്കം തൂങ്ങി യാതൊരു ഉത്സാഹമില്ലാതെ ശൂന്യതാ പ്രതീതി ഇതൊക്കെ ഉണ്ടാവും ഈ മൂന്നും നമ്മളിൽ വരികയും പോവുകയും ചെയ്യുന്നു അല്ലാതെ ഇത് മൂന്നും നമ്മളുടെ സ്വഭാവമല്ല ഇത് ഞാനല്ല സത്വഗുണവും ഞാനല്ല രജോ ഗുണവും ഞാനല്ല തമോ ഈ മൂന്നും പ്രകൃതിയുടെ മൂക്ഷാണ് ഭാവങ്ങളാണ് പ്രകാശം ചെ പ്രവൃത്തിംച്ച് മോഹമേവ ച പാണ്ഡവ നേഷ്ഠി സംപ്രവൃത്താനി നവൃത്താനി അത് മുമ്പിലേക്ക് വരുമ്പോ അതിൽ ഒട്ടിപ്പിടിക്കുകയോ അത് വിട്ടുപോകുമ്പോ അയ്യോ എനിക്ക് ഇനി എത്ര നന്നായിരുന്നു ഇന്ന് രാവിലെ ധ്യാനിക്കുമ്പോ ഇപ്പൊ ആ വരണില്ലല്ലോ എന്ന് പറഞ്ഞ് കരയല്ലോ ഒന്നുമില്ല ധ്യാനിക്കുമ്പോ രസാസ്വാദം ലിങ്കറിംഗ് ഓഫ് ദ ടേസ്റ്റ് അത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് അത് ഇനിയും വേണം ഇനിയും വേണം എന്ന് വിചാരിച്ചാൽ അതിലും ബന്ധപ്പെട്ടു പോകും അതിലൊരു ഈഗോ വന്നു പോകും തമോ ഉറക്കം ഉറക്കത്തിലും നോക്ക ഉറക്കം വന്നില്ല ഉറക്കം വന്നില്ല ചിലപ്പോ നമുക്ക് വിഷമം തോന്നും അപ്പോ എന്തിനുറക്കം വരണം നിർബന്ധം പിടിക്കണം ഉറക്കം വന്നില്ലെങ്കിൽ വേണ്ട എഴുന്നേറ്റ് ഇരിക്കാം ഫ്രഷ് ആയിട്ട് ഇരിക്കാം ഉറക്കം വരണം എന്ന് ആഗ്രഹിക്കുന്നവൻ ആരാണ് ഞാൻ ഞാൻ ആരാണോന്ന് ചോദിക്കാം ആത്മവിചാരത്തിലേക്ക് പോവുക ഉറക്കം വരണം എന്ന് ഞാൻ ആരാ അപ്പൊ ഉറക്കത്തിനേക്കാളും യു വിൽ ബി റിഫ്രഷ്ഡ് ഉറക്കം വരില്ല ഉറക്കം വരില്ല എന്ന് പറഞ്ഞ് ഈ ഉറങ്ങാത്തത് കൊണ്ട് ക്ഷീണിക്കില്ല ഉറക്കം വരണില്ല എന്നുള്ള ടെൻഷൻ കാരണം ക്ഷീണിക്കും ഒരു ഗുണത്തിനോടും ശരീരത്തിന്റെ ഒരു സ്വഭാവത്തിനോട് ഒറ്റിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ഉണരണമിന്നി ഉറങ്ങണം ഭുജിച്ചീടണമശനം പുണരേണം എന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരൂപം ഉണരരുതിന് ഉറങ്ങിടാതിരുന്നിടേണം അറിവായി അതിനിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞുവാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിയിടേണം ഉള്ളിലെ വികൽപ്പം എന്നാണ് വികൽപ്പം എന്താ ഇനി ഉണരണം ഇനി ഉറങ്ങാൻ പാടില്ല ചില ദിവസം രാവിലെ നേരത്തെ എണീക്കണം വിചാരിച്ച് ഉറക്കം ഉണയില്ല അപ്പൊ ഇനി ഉണര ഇപ്പൊ ഉണരണം തീരുമാനിച്ച് പറ്റണില്ല ചിലപ്പോ ഉറക്കം വരണില്ല ഉറങ്ങണം ഉറങ്ങണം തീരുമാനിച്ചു ഉറങ്ങാൻ പറ്റണില്ല ഉണ്ണണം ഉണ്ണാൻ പാടില്ല സുഖഭോഗങ്ങൾ അനുഭവിക്കണം ഇങ്ങനെ പലവിധ വികൽപ്പങ്ങൾ ഉള്ളിൽ പൊന്തി വരുന്നത് കാരണം നിർവികൽപ്പിതിയിൽ ഇരിക്കാൻ പറ്റണില്ല അപ്പൊ ഈ വികൽപ്പങ്ങളൊക്കെ അതൊക്കെ ശരീരത്തിൽ വരുന്നു ഈ വികൽപ്പങ്ങൾ ഒന്നിനോടും പറ്റി പിടിക്കാതെ ഉറക്കം വരുമ്പോ ഉറങ്ങുക ഉണർന്നിരിക്കുമ്പോ ഉണർന്നിരിക്കുക കഴിയുമെങ്കിൽ ഒരു താളം ഉണ്ടാക്കിയെടുത്തോളാം അതൊക്കെ നാച്ചുറൽ ആയിട്ട് ആ താളം അതിന്റെ പാട്ടിൽ നിൽക്കട്ടെ പക്ഷെ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ശരീരത്തിന്റെ ഉറങ്ങുക മറ്റു പലവിധ ചര്യകൾ ചെയ്യുക ഇതിലൊക്കെ വിട്ടു നിൽക്കുന്നവനാണ് പ്രഹ്ലാദൻ ഭാഗവതത്തിൽ പ്രഹ്ലാദന് ലക്ഷണം അതാണ് പറഞ്ഞത് ആരാ പ്രഹ്ലാദൻ വെച്ചാൽ ആസീന സംബിഷന് തിഷ്ഠന് ശയാന പ്രഭിപന് ഭ്രുവന്ന് അനുസന്ധത്ത ഏതാനീന ഗോവിന്ദ നമ്മളെ പോലെ ഉള്ളുകയും ഉറങ്ങുകയും നടക്കുകയും വർത്തമാനം പറയുക ഒക്കെ ചെയ്തു പക്ഷേ ഞാൻ ഉണ്ണുന്നു ഞാൻ ഉറങ്ങുന്നു ഞാൻ വർത്തമാനം പറയുന്നു എന്ന് ഞാൻ അതിൽ കൂടിച്ചേരാതെ ഗോവിന്ദ പരിരംഭിതനായിട്ടിരുന്നു എന്നാണ് വെച്ചാലോ സദാ ഞാൻ ഉദിക്കാത്ത സ്ഥിതി എന്താ ആത്മാനുഭവ സ്ഥിതി ആത്മാനുഭവ സ്ഥിതിയിൽ ഇരുന്നു അങ്ങനെ ശരീരത്തിന്റെ ഒരു പ്രക്രിയകളോടും പറ്റില്ലാതെ ഇരിക്കുക എന്നുള്ള തത്വം വായുവിൽ നിന്ന് പഠിച്ചു ശരീരം നട ചെയ്യുന്ന ഒരു നന്മ നന്മയോട് പറ്റിപ്പിടിച്ചാൽ തിന്മയോട് പറ്റിപ്പിടിക്കും തിന്മയോട് പറ്റിപ്പിടിച്ചാൽ നന്മയോടും പറ്റിപ്പിടിക്കും നല്ലത് ചെയ്താൽ അഭിമാനം ഉണ്ടാകും ചീത്ത ചെയ്താൽ യു വിൽ ഹാവ് കോൺഷ്യൻസ് പ്രിക് പശ്ചാത്താപം ഉണ്ടാകും രണ്ടിലും നമ്മൾ ഒട്ടിപ്പിടിക്കും രണ്ടും ചെയ്യുന്നവൻ ആരാണ് ഈ ഞാൻ ആര് ഞാൻ എന്താണ് അതാണ് ഇതൊറ്റ മരുന്നേ ഉള്ളൂ ബ്രഹ്മാസ്ത്രം ഞാൻ ആരാണ് ഈ ചെയ്യുന്നത് ഞാൻ ആരാ നല്ലത് ചെയ്യുന്നത് ഞാൻ ആരാ ചീത്ത ചെയ്യുന്ന ഈ ഞാനാരാ ഞാൻ എന്നുള്ളത് ഉദിക്കാതെ ഇരിക്കുകയാണെങ്കിൽ എന്തൊക്കെ ഈ ശരീരത്തിലൂടെ നടക്കണമോ അതൊക്കെ നടക്കും പക്ഷേ ഞാൻ ചെയ്യണു എന്നുള്ളത് അതിൽ ഉദിക്കില്ല നല്ലതും ചീത്തയും ഗുണവും ദോഷവും ഒക്കെ നടക്കും പക്ഷേ ദർ വിൽ നോട്ട് ബി എനി ഡൂർ ദർ ആക്ഷൻസ് വിൽ ടേക്ക് പ്ലേസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും അങ്ങനെ സംഘമില്ലാതെ നിസ്സംഗനായിട്ട് നിസ്സംഗോ വിചരേ ദഹ നിസ്സംഗമായി ചരിക്കാൻ വായുവിൽ നിന്നും പഠിച്ചു അടുത്തത് ആകാശമാണ് അന്തർഹിത സ്ഥിരജംഗമേഷു ബ്രഹ്മാത്മഭാവേന സമന്വയേന വ്യപ്തവ്യവച്ഛേദം അസംഗം ആത്മന മുനിർ നവം വിത ഭാവയേത് മോസ്റ്റ് സറ്റിലിസ്റ്റ് ഓഫ് ദ എലമെന്റ്സ് ഏറ്റവും സൂക്ഷ്മമാണ് ആകാശം സൂക്ഷ്മമാവന്തോറും വ്യാപിക്കും മണ്ണാങ്കട്ട ഒരു കഷ്ണം ഒരിടത്ത് ഇട്ടാൽ അവിടെ കിടക്കും അത് വശങ്ങളിലേക്ക് പോവില്ല ആ വ്യാപിക്കില്ലേ ദർ ഇസ് നോ പെർവേസീവ്നെസ് ബിക്കോസ് ഇറ്റ് ഈസ് ദ ഗ്രോസസ്റ്റ് വെള്ളം ഒഴിച്ചാൽ വെള്ളം മണ്ണിനേക്കാളും അല്പം സൂക്ഷ്മമായതുകൊണ്ട് ഇറ്റ് ഈസ് മോർ പെർവേസീവ് വശങ്ങളിലേക്ക് അൽപ്പൽപമായിട്ട് സ്പ്രെഡ് ഔട്ടാവും വ്യാപിക്കും വെള്ളത്തിനേക്കാളും സൂക്ഷ്മമാണ് അഗ്നി അഗ്നി വശങ്ങളിലേക്കും ചുവട്ടിലേക്കും മുകളിലേക്കും വ്യാപിക്കും അഗ്നിയേക്കാളും സൂക്ഷ്മമാണ് വായു അതുകൊണ്ട് വായു കൂടുതൽ സ്ഥലങ്ങളിൽ വ്യാപിച്ചു നിൽക്കും വായുവിനേക്കാളും സൂക്ഷ്മമാണ് ആകാശം വായു എവിടെ നിൽക്കുന്നു ആകാശത്തിൽ നിൽക്കുന്നു വായു ഇല്ലാത്ത സ്പേസ് ഉണ്ട് എയർലെസ് സ്പേസ് ആ ആകാശം ആ സ്പേസ് സർവവ്യാപിയാണ് വ്യാപ്തി എന്ന് പറയുന്നത് തന്നെ സ്പേസിനെ വെച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ആത്മാവിനെ ഏകദേശമൊക്കെ ഒന്ന് ഉപമിക്കണമെങ്കിൽ സർവവ്യാപി പറഞ്ഞാൽ എന്തിനോട് ഉപമിക്കും സ്വേനരൂപേണ ആകാശകൽപ്പ ആത്മ എന്നാണ് ആചാര്യസ്വാമികൾ ഉപനിഷത് ഭാഷ്യത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണ ഒരു സ്വേനൂപേണ ആകാശകൽപ്പ ആത്മാ ആകാശവൻ നിർമ്മല നിർവികല്പം നിസ്സീമ നിസ്പന്ദന നിർവികാരം അന്തർബിശൂന്യം അനന്യം അദ്വയം സ്വയം പരം ബ്രഹ്മ കിമസ്തി ബോധ്യം വിവേകചൂടാമണിയിൽ ആചാര്യസ്വാമിയുടെ ഒരു അതിഗംഭീരമായ ഒരു ശ്ലോകമാണ് ഈ ബ്രഹ്മം അന്തര്യാമി ആത്മ ആകാശപൻ നിർമ്മല നിർവികൽപ്പം ആകാശം പോലെ തെളിഞ്ഞതായിട്ട് നിർമ്മലമായി ഒന്നും കൂടിച്ചേരാതെ രണ്ട് എന്നുള്ള ഭാവമേ ഇല്ലാതെ നിർവികൽപ്പം നിസ്സീമ ആകാശത്തിന് എവിടെങ്കിലും സീമയുണ്ടോ ബൗണ്ടറി ഉണ്ടോ നിസ്സീമ നിസ്പന്ദനം അതിലൊരു ചലനമില്ല നിർവികാരം ഒരു വികാരം ഉണ്ടാവണില്ല അന്തർബഹിഷ് ഉള്ള് എന്നുള്ളതൊന്നും സ്പേസിനില്ല ഉണ്ടോ ഉള്ള എവിടെ പുറമെവിടെ സ്പേസ് ഇല്ലാത്തത് എവിടെ ഉണ്ട് വാസ്തവത്തിൽ സ്പേസാണ് ബാക്കിയുള്ള പദാർത്ഥങ്ങളായിട്ടൊക്കെ തോന്നുന്നത് ഇവിടെ മൈക്കുണ്ട് എന്ന് പറയണു ശരിക്കും പറഞ്ഞാൽ മൈക്കിന്റെ രൂപത്തിൽ സ്പേസ് ആണ് ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മൈക്കിനെ പൊടിച്ച് പൊടിച്ച് പൊടിച്ച് പൊടിച്ച് പൊടിച്ച് പൊടിച്ച് ഇനി സൂക്ഷ്മമാക്കാത്ത വിധത്തിൽ സൂക്ഷ്മമാക്കി പൊടിച്ചാൽ അതിലും സ്പേസ് ഉണ്ടാവും ആ എലമെന്റ് ഇറ്റ് ഹാസ് ടു ഡിസപ്പിയർ ഇൻ സ്പേസ് അപ്പൊ എന്തുണ്ടാവും സ്പേസ് ഉണ്ടാവും ഇവിടെ നോക്കിയാൽ സ്പേസ് ആകാശമേ ഉള്ളൂ ആകാശമാണ് അനേക പദാർത്ഥങ്ങളുടെ വേഷം കെട്ടി നിൽക്കുന്നത് അതുകൊണ്ട് ആകാശോ ബ്രഹ്മേറ്റി ഉപാസീത ആകാശത്തിനെ ബ്രഹ്മമായി ഉപാസിക്കാം ആകാശത്തിനെ പരമാത്മസ്വരൂപമായി ഉപാസിക്കാം അപ്പൊ ആകാശം അന്തർഹിത സ്ഥിരജംഗമേഷു സ്ഥിരവും ജംഗമവും നിശ്ചലവും സ്ഥലവുമായിട്ടുള്ള വസ്തുക്കളിലൊക്കെ സമന്വയിച്ചു നിൽക്കുന്ന ബ്രഹ്മാത്മഭാവേന സമന്വയേന വ്യാപ്ത അവ്യവച്ഛേദം അസംഘം ആത്മനാഹ ഒന്നിനോടും പറ്റാതെ സർവവ്യാപിയായി മുറിച്ചു കളയാൻ സമ്മതിക്കാതെ അനന്തമായി നിൽക്കുന്ന നഭസ്ത്വം ആകാശത്തിനെ മുനി ഉദാഹരണമായി വെച്ചുകൊണ്ട് ആത്മാവിന്റെ സർവവ്യാപിത്വം അറിയാം തേജോപന്നമയൈ ഭാവൈ മേഘാഗ്യൈ വായു നേരിതൈ ന സ്പൃശ്യതേ നപ സദ്വത് ആകാശത്തിൽ തേജസ് അപ്പ് അന്നം മുതലായിട്ടുള്ളതൊക്കെ ഉണ്ടാവുന്നു ആകാശത്തിൽ എന്തൊക്കെ ഉണ്ടാവുന്നു അഗ്നി വെള്ളം ഉണ്ടാവുന്നു ഭൂമി ഉണ്ടാകുന്നു ഇതൊക്കെ ആകാശത്തിലാണ് നിൽക്കുന്നത് സ ഏതസ്വാദ് ആത്മന ആകാശസംഭൂത ആകാശാദ് വായു വായോരഗ്നി അഗ്നേരാപ അഗ്ന പൃഥിവി പൃഥി ഓഷധയ ഓഷധീഭ്യോ അന്നം അന്നപുരുഷ സായ പുരുഷോ അന്നരസമയ എന്ന് വേദം ആകാശ ആത്മാവിൽ നിന്ന് ആകാശമുണ്ടായി ആകാശത്തില് ബാക്കിയുള്ള പദാർത്ഥങ്ങളൊക്കെ അപ്പൊ സകല പദാർത്ഥങ്ങളും ആകാശത്തിലാണ് നിൽക്കുന്നത് ആകാശത്തിൽ മേഘം മുതലായിട്ടുള്ളതൊക്കെ വായു മേഘത്തിനെ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നു പക്ഷെ മേഘം ആകാശത്തിനെ സ്പർശിക്കുന്നുണ്ടോ അതേപോലെ ഞാൻ ചിതാകാശമയമായ ആത്മാവാണ് യാതൊന്നുകൊണ്ടും സ്പർശിക്കപ്പെടാത്ത ആത്മാവാണ് സർവവ്യാപിയായ വസ്തുവാണ് ചിതാകാശമേ എന്റെ സ്വരൂപമാണെന്ന് അറിഞ്ഞ യോഗിക്ക് ആകാശത്തിൽ വരുന്ന മേഘമോ പൊടിപടലങ്ങളോ ആകാശത്തിലുണ്ടാകുന്ന ഇരുട്ടോ വെളിച്ചമോ ആകാശത്തിലുണ്ടാകുന്ന സൂര്യ ചന്ദ്രാതി ഗോളങ്ങളോ ആകാശത്തിനെ സ്പർശിക്കാതെ നിൽക്കുന്ന പോലെ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ചിതാകാശമയമായ ആത്മാവിനെ അതിലുണ്ടാകുന്ന കാപം ക്രോധം വികൽപ്പം അഹങ്കാരം ശരീരം സകലവിധ ചലനങ്ങളും അതിനെ സ്പർശിക്കുന്നില്ല എന്ന് ഉറപ്പിക്കുക കർമ്മം ആകാശത്തിന് ഉദാഹരണമായി വെച്ചുകൊണ്ട് ചെയ്തു എന്നാണ് ആകാശത്തിനെ നസ്പൃശ്യതേനവഹ ആകാശം സ്പർശിക്കപ്പെടുന്നില്ല ആകാശം പോലെയാണ് താനെന്നറിഞ്ഞാൽ ശരീരമേ ആകാശമാണെന്ന് അറിഞ്ഞാൽ അയാൾ ആകാശ ശരീരമില്ലായ്മ അനുഭവിക്കും ഇപ്പൊ നമുക്ക് എന്തൊക്കെ തന്നെ അകമേക്കുള്ള ഞാൻ എന്നുള്ള ബോധത്തിനെ കണ്ടെത്തിയാലും ഇനിയും ഞാനും ഉണ്ട് ശരീരമുണ്ട് എന്ന് തോന്നും ശരീരം ഉള്ളത്തോളം കാലം ജീവൻ ഇല്ല ശരീരം ഉണ്ട് എന്ന് ഞാൻ അനുഭവിക്കുന്നിടത്തോളം കാലം എത്ര ഞാൻ പരിശ്രമിച്ച് എന്തൊക്കെ ചെയ്തിട്ട് ഈ ശരീരത്തിന് ഒരു ആരോഗ്യമായി നിർത്തിയാൽ പോലും എന്നെങ്കിലും ഇതെനിക്ക് വേദനയെ തരും മരണത്തിനെ തരാൻ പോകുന്നു ദുഃഖത്തിനെ തരാൻ പോകുന്നു അപ്പോ ജീവൻ മുക്തി അനുഭവിക്കണമെങ്കിൽ നിങ്ങളോടൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ എന്നോട് എന്നെ പറഞ്ഞോളൂ ജീവൻമുക്തി സുഖം അനുഭവിക്കണമെങ്കിൽ ശരീരമില്ലായ്മ അനുഭവിക്കണം ശരീരം ഇല്ല എന്നുള്ള സ്ഥിതി അനുഭവിക്കണം എന്ന് വെച്ചാൽ ശരീരം ആകാശമായി മാറണം എന്നുവെച്ചാൽ ശരീരം ഇല്ലാതാവല്ല അർത്ഥം ശരീരമുണ്ട് ശരീരം ആകാശമാണ് ശരീരമുണ്ട് ശരീരം ആകാശമാണ് ശരീരത്തിനകത്ത് അനേക ചലനങ്ങളുണ്ട് ഓരോ ചലനവും ആകാശമാണ് ശരീരത്തിൽ കാമമുണ്ട് കാമം ആകാശമാണ് ശരീരത്തിൽ കോപമുണ്ട് കോപം ആകാശമാണ് ശരീരത്തിൽ ഉറക്കമുണ്ടോ ഉറക്കം ആകാശമാണ് ശരീരത്തിൽ അഹങ്കാരം ഉദിക്കുന്നു അഹങ്കാര ആകാശമാണ് ശരീരത്തിൽ പലവിധ വ്യാധികൾ ഉണ്ടാവുന്നു വ്യാധികളൊക്കെ ആകാശമാണ് ആദിവ്യാധി പരീതയിച്ച സർവോപദ്രവ ശത്രുണ ആത്മാനവക്ഷയെ പറയുന്നു ആദി വ്യാധികൾ കൊണ്ടും സർവ ഉപദ്രവങ്ങൾ കൊണ്ടും ആത്മാവിനെ അർച്ചിക്കുക എന്നുവെച്ചാൽ അതൊന്നും കൊണ്ട് ബാധിക്കപ്പെടാതിരിക്കുക എന്നർത്ഥം എന്തൊക്കെ തന്നെ വരട്ടെ എന്തൊക്കെ തന്നെ വികൽപ്പങ്ങൾ ഉണ്ടാകട്ടെ ഇവിടെ ഒരു ഒന്നും സംഭവിക്കണില്ല ഇവിടെ ഒന്നും ജനിക്കണില്ല ഇവിടെ ഒന്നും ചലിക്കണില്ല ഇവിടെ ആകാശമേ ഉള്ളൂ ആകാശമാണ് ശരീരത്തിന്റെ രൂപം പോകണ്ട് നിൽക്കണത് ആക ഒരു സ്ക്രീനിൽ സിനിമ കാണപ്പെടുന്ന പോലെ സിനിമയിൽ കാണുന്ന ഓരോ കഥാപാത്രവും സ്ക്രീനാണ് സിനിമയിൽ വില്ലനും സ്ക്രീനാണ് ഹീറോവും സ്ക്രീനാണ് ഹീറോയിനും സ്ക്രീനാണ് തമാ കോമാളിയും സ്ക്രീനാണ് എല്ലാവരും സ്ക്രീനാണ് അതുപോലെ ഇവിടെ ഈ ശരീരവും സ്ക്രീനാണ് നിങ്ങളുടെ ശരീരവും സ്ക്രീനാണ് എന്റെ ശരീരത്തിലുണ്ടാകുന്ന വേദനയും സ്ക്രീനാണ് സുഖവും സ്ക്രീനാണ് ദുഃഖവും സ്ക്രീനാണ് ഭക്തിയും എല്ലാ വികാരങ്ങളും ഇവിടെ ആകാശമയം ആകാശമല്ലാതെ ഇവിടെ ഒരു പദാർത്ഥമില്ല സകല ചലനങ്ങളും ആകാശം മാത്രമാണ് ആകാശമാണ് ഉള്ളത് ആകാശം ഖം ബ്രഹ്മ ഖം ബ്രഹ്മ ഖം ബ്രഹ്മ ഈ ആകാശം ബ്രഹ്മമാണ് എന്നുള്ള ധ്യാനം ദൃഢമാകുമ്പോ ശരീരമില്ലായ്മ ശരീരം ഇരിക്കുമ്പോ തന്നെ അനുഭവിക്കും അത് തന്നെ ജീവൻ മുക്തി അതുകൊണ്ട് ജീവൻ മുക്തന്മാർ രമണ മഹർഷിക്ക് ക്യാൻസർ വന്ന് വിഷമിക്കുമ്പോ പലപ്പോഴും പലരും ചോദിച്ചപ്പോ മഹർഷി പറഞ്ഞതേ അത് പരേക്ഷാ പ്രാരബ്ധം എന്ന് വെച്ചാൽ കാണുന്നവരുടെ പ്രാരബ്ധമാണ് തന്റെ സ്ഥിതിയിലോ തന്റെ സ്ഥിതിയിൽ ശരീരമേ ഇല്ല എവിടെ ശരീരം പലരും പറഞ്ഞു ഞങ്ങൾക്ക് ഒന്ന് സങ്കൽപ്പിച്ചുകൂടെ ഈ വ്യാധി മാറണം എന്ന് സങ്കല്പിച്ചുകൂടെ മഹർഷി പറഞ്ഞു അങ്ങനെ സങ്കൽപ്പിക്കാൻ ഞാൻ ആദ്യം എനിക്കൊരു കൈ ഉണ്ടോ എന്ന് ശരീരമുണ്ടോ എന്ന് വിചാരിക്കണം കൈ ഉണ്ടോ എന്ന് വിചാരിക്കണം അതിലൊരു വ്യാധി ഉണ്ടെന്ന് ഇത്രയും കള്ളം ചിന്തിക്കാൻ എവിടെ ചിത്തവൃത്തി ഇവിടെ ആകാശമേ ഉള്ളൂ വെരിസ് ഓൺലി സ്പേസ് എന്നുള്ള തത്വം ഉറപ്പിച്ചാൽ ശരീരത്തിനെ വേദന ശരീരത്തിനെ കൊണ്ടുള്ള വിഷമം പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കിട്ടും ഈ യോഗം അഭ്യസിച്ച് ദേഹം ഇല്ലായ്മയെ ഞാൻ അനുഭവിച്ചു എന്ന് അവധൂതൻ പറഞ്ഞു ഇത് ധരിക്കാൻ കഴിഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ മഹാഭാഗ്യം ഇത് അറിയാൻ ഈ തത്വം ഇപ്പോ കേട്ട് ആരെങ്കിലുമൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മഹാഭാഗ്യം എന്ന് പറയുക അത് അത്ര പെട്ടെന്നൊന്നും ധരിക്കാവുന്ന കാര്യമല്ല ആത്മതത്വ നിശ്ചയം ഉണ്ടായിട്ട് പിന്നെ ധരിക്കേണ്ട കാര്യമാണ് അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ അത് മഹാഭാഗ്യം അവിടെ നനിരോധോണ ച ഉത്പത്തിഹീന ബന്ധോന ച സാധകഹാന മുമുക്ഷുഹൂന വൈമുക്തഹ ഇത്യേഷാ പരമാർത്ഥത എന്ന തത്വനിശ്ചയം ഉണ്ടാവാൻ ആകാശത്തിനെ കൂട്ടുപിടിച്ചു എന്നാണ് ആകാശത്തിനെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് നഭസ്ത്വം വിതതസ് ഭാവയേത് ഇവിടെ വിതത്തം എന്ന് വെച്ചാൽ എന്തർത്ഥം പറഞ്ഞിരിക്കണോ വ്യാഖ്യാനമൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല പക്ഷെ വിതത്തം എന്നുള്ളതിന് സാധാരണ അർത്ഥം വ്യാപ്തി എന്നൊരർത്ഥമാണ് സർവവ്യാപിത്വം വിതത്തമായിട്ടുള്ള ആകാശം ശരീരത്തിനെ ആകാശമായി ഭാവന ചെയ്ത് നവസ്വം ഭാവ ചെയ്ത് ആകാശമായി വ്യാപി ഭാവന ചെയ്താൽ ശരീരം ഇവിടെ ആകാശത്തിന്റെ ഒരു പാർട്ടാണ് ആകാശത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ അപ്പോ ശരീരം ജനിക്കുകയോ മരിക്കോ എത്രയോ ശരീരം ഉണ്ടാവുകയും മരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും എല്ലാ ശരീരവും എന്ന ഞാനാണ് എല്ലാ ശരീരവും എന്നിൽ ഉദിക്കുന്നു എല്ലാ ശരീരവും എന്നിൽ നിൽക്കുന്നു എല്ലാ ശരീരവും എന്നിൽ നയിക്കുന്നു ഒരു ശരീരത്തിനോടും പ്രത്യേകിച്ച് എനിക്ക് ബന്ധമില്ല എന്നുള്ള ഏകതത്വദാർഢ്യം ദൃഢമായി ഉറച്ചാൽ അവരെ നസ്പൃശ്യതേനവഹാ തത്വത് കാലസൃഷ്ടൈ ഗുണൈഹി പുഹാൻ കാലം കൊണ്ടുവന്നു തരുന്ന സത്വഗുണ രജോ തമോഗുണങ്ങളുടെ പല വിധത്തിലുള്ള കൊണ്ടുള്ള വ്യാധി സുഖം ദുഃഖം രാഗദ്വേഷങ്ങൾ ഇതുകൊണ്ടൊന്നും സ്പർശിക്കപ്പെടാതെ സ്വച്ഛാ പ്രകൃതിദസ്നിഗ്ധോം മാധുര്യ തീർത്ഥൂഹു നൃടാം മുനി പുനാതി അപാം മിത്രം ഈക്ഷോപസ്പർശ കീർത്തനൈ ജലത്തിന്റെ കൂട്ടുകാരനായിട്ട് മുനി പഠിച്ച പാഠം എന്താ ജലം ജലത്തിന് വെള്ളത്തിന് ഒരു രുചിയുണ്ട് സാധാരണ നമ്മൾ വെള്ളത്തിന് രുചിയില്ല എന്ന് പറയും വെള്ളത്തിന്റെ രുചി മാധുര്യമാണ് വെള്ളത്തിന്റെ രുചിയല്ല വെള്ളത്തിന്റെ രുചിയാണ് മാധുര്യം എന്ന് എന്താ വെള്ളത്തിന് മാധുര്യം എവിടെ നിന്ന് വന്നു എന്ന് വെച്ചാൽ ദാഹിച്ചിട്ട് വെള്ളം കുടിച്ചാൽ അറിയാ രുചി ഉണ്ടോ ഇല്ലയോന്ന് നല്ല ദാഹിച്ചിട്ട് അല്പം വെള്ളം കുടിക്കുമ്പോ എന്തൊരു ഒരു ആശ്വാസം ഉണ്ടാകുന്നു ആ രുചിക്ക് പേരാണ് മാധുര്യം അപ്പോ വെള്ളത്തിന്റെ അംശമുള്ളത് കൊണ്ടാണ് ബാക്കിയുള്ള പദാർത്ഥങ്ങളിലൊക്കെ ടേസ്റ്റ് ഉണ്ടാവുന്നത് കരിമ്പില് വെള്ളം കയറിയിട്ടാണോ മാധുര്യമായിട്ട് മാറണത് കരിമ്പുകൊണ്ടാണ് നമ്മൾ വെല്ലവും പഞ്ചസാരവും ഒക്കെ ഉണ്ടാക്കുന്നത് എല്ലാം വെള്ളമാണ് മാധുര്യം കൊടുക്കുന്നത് അതുപോലെ മുനിയും മാധുര്യ മാധുര്യമുള്ളവനായിരിക്കണമെന്ന് തീർത്ഥൂഹു ഗംഗാജലം തെളിച്ചു കഴിയുമ്പോൾ തീർത്ഥം പരിശുദ്ധമാക്കുമെന്ന് അശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ജലമെടുത്ത് തെളിച്ചത് തീർത്ഥമാക്കും ശുദ്ധമാക്കും അതേപോലെ മുനിയും പോകുന്നിടത്ത് എന്തൊക്കെ അശുദ്ധിയുണ്ടോ അതിനെയൊക്കെ ശുദ്ധമാക്കി തീർക്കുന്നവനായിരിക്കണം തീർച്ചകുറുവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗതാമൃത ഹൃദയത്തിൽ ഭഗവാനെ ധരിച്ചുകൊണ്ടിരിക്കുന്ന മുനികൾ നമ്മളുടെ അടുത്ത വീട്ടിലുള്ള പൊട്ടക്കളത്തിൽ കുളിച്ചാൽ ആ പൊട്ടക്കുളം ഗംഗയായി മാറി വാട്ടർ ടാങ്കിൽ മുങ്ങിയാൽ വാട്ടർ ടാങ്ക് ഗംഗയായി മാറിയാണ് തീർത്ഥൂഹു എല്ലാരെയും പരിശുദ്ധമാക്കുന്നു എങ്ങനെ ഈക്ഷ ഉപസ്പർശ കീർത്തന ഗംഗയെ കാണുന്നത് കൊണ്ട് പവിത്രമാവുന്നു ഗംഗയെ കീർത്തിക്കുന്നത് ഗംഗേ ഗംഗേതി യോ ബ്രൂയാ വ്യോജനാനാം ശതൈരപ്പി നൂറ്റിക്കണക്കിന് യോജനകൾക്ക് അപ്പുറം നിന്ന് ഗംഗ ഗംഗയെന്ന് പറഞ്ഞാലും പവിത്രമാവും അതുപോലെ മുനിയും മുനിയെ കാണുന്നവരെ പരിശുദ്ധനാക്കുന്നു മുനിയെ ചിന്തിക്കുന്നവരെ പരിശുദ്ധനാക്കുന്നു മുനിയെ കുറിച്ച് കീർത്തന ചെയ്യുന്നവരെ പരിശുദ്ധനാക്കുന്നു അത് സ്പെഷ്യലായിട്ട് മുനിക്ക് ഉണ്ടാവുന്ന ഒരു ശക്തി എന്താ ആ തപവുമായി മഹിമ കൊണ്ട് മുനി ആ പരിശുദ്ധിയെ നേടിയെടുത്തിരിക്കുന്നു അടുത്തത് അഗ്നിയാണ് അഗ്നി അഗ്നി തേജസ്വിയായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു തപസാ ദീപ്തോ അതേപോലെ തന്നെ മുനിയും ദുർദർഷോ അഗ്നിയുടെ അടുത്തൊന്നും ചെല്ലാൻ പറ്റില്ല ചൂടുകാരണം അതേപോലെ മുനിയും ഗംഭീരനായി തപോനിഷ്ഠനായിരിക്കുന്ന മുനിക്കും അടുത്തൊന്നും അത്ര പെട്ടെന്ന് നമുക്ക് ചെല്ലാൻ പറ്റില്ല ലൗകികവാസനയോടുകൂടെയുള്ള ആളുകൾക്ക് അത്ര പെട്ടെന്ന് അടുക്കാൻ വയ്യ ഉദരഭാദനഹാണ് മുനി അഗ്നിയിൽ എന്തിട്ടാലും അപ്പപ്പൊ ഡൈജസ്റ്റ് ആവും അതൊക്കെ അതുപോലെ മുനിക്കും വയറ്റിലേക്ക് എന്തൊക്കെ കൊണ്ടുപോയി ഇടുമ്പോഴും അതവിടെ ജീർണിപ്പിച്ച് കളയും കയ്യിലൊരു പാത്രമില്ല വയറ് തന്നെ പാത്രം ഒന്നും കയ്യിൽ കൊണ്ടു നടക്കുന്നില്ല അടുത്ത നേരത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല അപ്പപ്പോ തീർത്തു കളയും ഉദരഭാതനഹ സർവഭക്ഷോപി കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഭക്ഷിക്കുകയാണ് വിശക്കുമ്പോ അത് ഭക്ഷിക്കുകയാണ് സർവഭക്ഷോപി യുക്താത്മാ നാദത്തെ മലം അഗ്നിവത്ത് അഗ്നിയെ പോലെ യാതൊരു മലവും മുനിയെ സ്പർശിക്കുന്നില്ല മാത്രമല്ല എന്തൊക്കെ ഇട്ടാലും ദഹിപ്പിക്കുന്ന പോലെ ഈ ഗൃഹസ്ഥന്റെ വീട്ടിൽ എവിടെങ്കിലുമൊക്കെ ചെന്ന് താമസിക്കുമ്പോ അവരെന്തെങ്കിലുമൊക്കെ കൊടുത്താലും അതൊക്കെ അവരുടെ പാപപുണ്യങ്ങളെയൊക്കെ ഇല്ലാതാക്കി തീർത്ത് അവർക്ക് ജ്ഞാനത്തിന് കൊടുക്കും ദാതൃണാം ദഹതി ദഹന് പ്രാഗുത്തരാശുഭം ചിലപ്പോ അഗ്നി കനലിൽ അടങ്ങിക്കിടങ്ങുമ്പോ കാണില്ല ചിലപ്പോ പ്രകാശിക്കും അതേപോലെ തന്നെ മുനിയും ചിലപ്പോ തന്റെ ജ്ഞാനത്തിനെയും അനുഭൂതിനെയും പുറമേക്ക് പ്രകടിപ്പിക്കില്ല പരമലൗകികനെ പോലെ ഇരിക്കും ചിലപ്പോ പുറമേക്ക് പ്രകാശിക്കും അതൊക്കെ ഈ അടുത്ത് ചെല്ലുന്ന ആളുകളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ചിലപ്പോ കൊച്ചി സന്നഹ കൊച്ചി സ്പഷ്ട ചിലപ്പോ മറഞ്ഞു കിടന്നും ചിലപ്പോ പ്രകാശമാനമായും ലോകമംഗളത്തിനായിക്കൊണ്ട് ഈ മുനി സഞ്ചരിക്കുന്നു അഗ്നി വരകലൊക്കെ കടന്ന് വരകിൽ ലയിച്ചു കിടക്കുന്നു കൊളുത്തുമ്പോ ചിലപ്പോ വരകിൽ ആവിർഭവിക്കുന്നു അതേപോലെ ഭഗവാൻ സകല ശരീരത്തിനുള്ളിലും പ്രവേശിച്ച് അതാത് ശരീരത്തിന്റെ ആകൃതി പൂണ്ടിരിക്കുന്നു വേണ്ട സമയത്ത് പ്രകാശിക്കും ഇങ്ങനെ അഗ്നിയിൽ തത്വം പഠിച്ചു ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ ഇനി സൂര്യൻ ചന്ദ്രൻ മുതലായിട്ടുള്ള ഗുരുക്കന്മാരൊക്കെ നമ്മൾ നാളെ കാണാം നാളെ രാവിലെ ഒരു സ്പെഷ്യൽ സത്സംഗം രാവിലെ ഏഴുമണി മുതൽ എട്ട് മണിവരെ നമ്മളുടെ പതിവായിട്ടുള്ള യോഗവാസിഷ്ഠ പ്രഭാഷണം അതിനുശേഷം നമുക്കിവിടെ വന്നിട്ടുള്ള സ്വാമി ഹരീശ്ചൈതന്യ അദ്ദേഹത്തിന്റെ സത്സംഗം ഉണ്ടാവും എട്ട് മണി മുതൽ ഒമ്പത് മണിവരെ അദ്ദേഹം സ്വാമിയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുന്ന സബ്ജക്ട് യോഗത്തില് ഇപ്പൊ ഇന്ന് പറഞ്ഞ പോലെ ആഹാരത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴൊക്കെ എനിക്ക് സ്വാമിയെ ഓർമ്മ വന്നു യോഗത്തില് നല്ല വ്യുപത്തിയുള്ള ആളും ചിന്മയാ മിഷനിൽ വേദാന്തശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളും ഒക്കെയാണ് സ്വാമിയുടെ സത്സംഗവും നമുക്ക് നാളെ ഏഴുമണി മുതൽ എട്ട് മണി മുതൽ ഒമ്പത് മണിവരെ നാളെയും മറ്റന്നാളെയും ഉണ്ടായിരിക്കും അതിനെ തയ്യാറായിട്ട് രാവിലെ വരാം സർവത്ര ഗോവിന്ദനാമസീർത്തനം